ഇനിയാണ് സ്വാല്ല്വതവും ഭാരതീയുദ്ധവും ആറാമത് ദശം സാല്യോ വൈഷ്മീ വിവാഹേ യഥലവിജിത ചന്ദ്രചൂടാഭിമാനം വിന്ദൻ സോപം സമാ തൊയ് വസതി കുരൂൻ തൊൽപ്പുരീമ്യക്ഷീ പ്രും നം നിരന്ധൻ നിഖി യുപടൈ ീരം തസ്യാമത്യന്തം സപ്തവിംശാന്ത ഭഗവാൻ രാജസൂയ യാഗത്തിന് പോയ സമയം നോക്കിക്കൊണ്ടാണ് പണ്ട് ശിശുബാലന്റെ സുഹൃത്തായിരുന്നു ശ്യാല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്പ അംബിക അംബാലിയ അതിൽ അമ്പ സ്നേഹിച്ച രാജാവായിരുന്നു ശ്യാലൻ ഈ ശ്യാലൻ കൃഷ്ണനോടുള്ള ദേഷ്യം തന്റെ കൂട്ടാളികളൊക്കെ കൃഷ്ണൻ കൊന്നു ജരാസന്ദൻ വധിക്കപ്പെട്ടു ശിശുപാലൻ വധിക്കപ്പെട്ടു ആ കോപം തീർക്കാൻ വേണ്ടിയിട്ട് ദ്വാരകയിൽ ചെന്ന ഭഗവാനെ ആക്രമിക്കാൻ നിശ്ചയിച്ചു അന്ന് ദ്വാരക കാത്തുനോക്കിയത് പ്രദ്യുപ്നൻ എന്ന് പറയുന്ന പുത്രനായിരുന്നു ഇവന്റെ കയ്യിലാണെങ്കിലോ ചന്ദ്രചൂടിൽ ശിവനിൽ നിന്നും ഒരു വിമാനം അവന് കിട്ടിയിരുന്നു സൌഭം എന്ന് പറയുന്ന വിമാനം ആ വിമാനത്തിൽ കയറിക്കൊണ്ട് പലതരത്തിലുള്ള മായാലീലകൾ കൊണ്ട് അവൻ യുദ്ധം ചെയ്ത് എത്ര ദിവസം സപ്തവിംശതി ഇരുപത്തിയേഴ് ദിവസം പിടിച്ചു അങ്ങനെ ഭഗവാന്റെ പുത്രനായ പ്രദ്യുനൻ അവന്റെ മന്ത്രി ദ്യുമാ എന്ന് പറയുന്ന തസ്യമാത്യം ദ്യുമുബന്തം അവനെ വധിച്ചുവെന്നാണ് ഇതിൻ്റെ താവത്തം ദാമശാനി ത്വരിതമുപഗത ഖണ്ഡിതപ്രായ സൈന്യം സോപേശം തം നിരുന്ത സകിഗതയാംഗമഭ്രംശയൽത്തെ മായാദം വിഹംസീതവിതവപുരത തൽത്തയാക്ഷണാദ്ധം ഇത്യാഹുരേഖേ അങ്ങനെ ഭഗവാനും ബലരാമസ്വാമിയും തിരിച്ച് ദ്വാരകയിലെത്തുമ്പോ ഘോരമായ യുദ്ധം നടക്കുകയാണ് അവിടെ ശ്യാലനുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ഇത് കണ്ടപ്പോ ഭഗവാനും യുദ്ധത്തിനൊരുങ്ങി അവനാണെങ്കിലോ ഗതയാ തേ ശാങ്കൻ നോക്കണേ അവന്റെ ശക്തി ആ ശ്യാലരാജാവ് ഗുരുവായൂരപ്പന്റെ കയ്യിലുണ്ടായിരുന്ന ശാങ്കം എന്ന് പറയുന്ന ബില്ലിനെ തെറിപ്പിച്ചു കളഞ്ഞോ ഭഗവാന്റെ കയ്യിലുള്ളത് രണ്ടാമതൊരു പണിയും കൂടി ചെയ്തു തവപുരദ മായാ താതം മായ കൊണ്ട് വസുദേവനെ ഉണ്ടാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനെ നിർമ്മിച്ച് ഭഗവാന്റെ മുന്നിൽ വച്ച് തിഹംസിൽ കഴുത്തം കൊണ്ട് വെട്ടിക്കളഞ്ഞു രക്തമൊലിക്കുന്ന അച്ഛന്റെ തല കണ്ടിട്ട് പുരാണങ്ങളിൽ എവിടെയോ പറഞ്ഞിട്ടിടത്രേ ക്ഷണാർത്ഥം ഭഗവാൻ ഒരു ക്ഷണനേരത്തേക്കൊന്ന് തളർന്നു പോയിരുന്നു പക്ഷേ വ്യാസഭഗവാൻ ഭാഗവതത്തിലോ നജ്ഞായി ഇത് ഏകേയാഹൂ ഇതം അവമതം വ്യാസന്യ ശിയിതയിൽ ഇങ്ങനെ ഭഗവാൻ തളർന്നു എന്നുള്ള കാര്യം വ്യാസഭഗവാൻ പോലും നിഷേധിച്ചിട്ടുണ്ട് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും ഒരു കാര്യത്തിലും തളർന്നിട്ടില്ല അങ്ങനെ വല്ലവരും കൃഷ്ണൻ തളർന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ശാസ്ത്രത്തിലെവിടെയും പുരാണത്തിലെവിടെയും ഇല്ല ചിലരൊക്കെ വലതും എഴുതി ചേർത്തിട്ടുണ്ടാവും അതായിരിക്കും പട്ടതിരിപ്പാട് ഇങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടാവണം ഭഗവാൻ തളർന്നു എന്നുള്ളതേ അതായിരിക്കും പട്ടതിരിപ്പാട് എടുത്തു പറയുന്നത് ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ തളർന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ വ്യാസം നിഷേധിച്ചു പട്ടുകിരിപ്പാട് പറയുന്നുണ്ടെങ്കിൽ ആരോ ഭഗവാൻ തളർന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ജീവിതത്തിൽ ഒരു അനുഭവത്തിലും തളരാത്തൊരു അവതാരം തന്നെയാണ് അതുകൊണ്ടാണ് പൂർണ്ണാവതാര പുരുഷനായിട്ട് കൃഷ്ണനെ കണക്കാക്കിയിരിക്കുന്നത് ശ്രീരാമസ്വാമി എത്രയോ മര്യാദാ പുരുഷോത്തമനാണെങ്കിലും കൃഷ്ണൻ ഒരു മര്യാദയില്ല നോക്കൂ നിങ്ങൾ ശ്രീരാമസ്വാമിക്ക് തന്റെ പത്നി ആറ് ഒരു വർഷക്കാലം രാവണന്റെ കസ്റ്റഡിയിലിരുന്നപ്പോ ആ പരിശുദ്ധയല്ലാത്ത സീതയെ സ്വീകരിക്കാൻ ശ്രീരാമസ്വാമിക്ക് സാധ്യത്തില്ല എന്തോ അഗ്നിസാക്ഷിയുടെ കല്യാണം എടുക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല അഗ്നിസാക്ഷിയായിട്ട് പോലും ഒരലക്കുകാരൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജരാസന്ദന്റെ അല്ല നരകാസുരന്റെ കസ്റ്റഡിയിൽ കടന്ന സ്ത്രീകളെ അഗ്നിയിലിടുകയാണ് എത്ര എണ്ണത്തിൽ ഇടണം പതിനാറാം എണ്ണത്തഞ്ചാടണം ഒരേ അഗ്നിയും വേണ്ട ഞാൻ എല്ലാവരെയും സ്വീകരിക്കേണ്ടതായിരുന്നു കാരണം ഭഗവാൻ ഗോപികമാരുടെ കൂടി അപ്പൊ അവരും പറയും നിങ്ങളൊന്ന് അഗ്നിയിൽ ചാടണമെന്ന് അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ഒരു മര്യാദയില്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു മര്യാദ ഇല്ലാത്ത ആളായിട്ട് പോലും ഭഗവാനെ തളർത്താൻ ഒരു അനുഭവത്തിനും സാധിച്ചില്ല അതാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത് എന്നിട്ടോ ക്ഷിപാസൗഭം കഥാചൂർണിതമുദഗതിവാളി വിചക്രേണു പ്രസവ വിപതൻ അവ്യമഞ്ചൽ ഗതാ ൈക്യംപൂർവം മനസാം മോഷണാർത്ഥോപതാര അങ്ങനെ ഭഗവാൻ അവന്റെ സൗപം ഗതാചൂർണിതം സൗപമ എന്ന് പറയുന്ന അവന്റെ വിമാനത്തെ ഭഗവാന്റെ ഗതകൊണ്ട് ഭഗവാൻ അടിച്ചു തകർത്തു കളഞ്ഞു എന്നിട്ടോ പക്ഷസ്വാരേ വിചക്രേണത്കൃപ്തേ തന്റെ ചക്രം കൊണ്ട് ആ സ്വാരരാജാവിന്റെ തലമുറിച്ചു കളഞ്ഞു ഭഗവാൻ അപ്പോഴേക്കും അവന്റെ മറ്റൊരു കൂട്ടാളി വന്നു അവന്റെ പേരായിരുന്നു ദന്തഭക്തർ അവനെയും ഭഗവാൻ എന്റെ ചെയ്തു തന്റെ കൌമോദകി എന്ന് പറയുന്ന തേ ഗതാമഭ്യമഞ്ചൽ ഗതകൊണ്ടടിച്ച് അവനെയും കൊന്നു ഇപ്രകാരം ഭഗവാൻ ചൈത്യരാജാവിനും അതുപോലെ തന്നെ ശ്യാലരാജാവിനും ഇപ്പോ ദന്തഭക്തനും മുക്തി കൊടുത്തു ഭഗവാനെ അവിടുന്ന് അവതരിക്കുന്നത് പോലും ഇവരെയൊക്കെ കൊല്ലുന്നു എന്ന വ്യാജേനയാണെങ്കിലും അവരെപ്പോലും സായുജ്യം കൊടുത്ത് ഉയർത്താനാണല്ലോ ഇപ്രകാരം അവരൊക്കെ അനുഗ്രഹിച്ചില്ലേ ഗുരുവായപ്പ മോക്ഷണാത്തോവധാര അവരൊക്കെ ഉയർത്താൻ തന്നെയാണെന്ന് പറയുന്നത് എന്നിട്ട് കില കുരുസദസിതകേ സംയ കൃന്ദ്യായ്ഞസൈന്യ സകരണമകൃത ചേലമാലാമനന്ത അന്നാന്തപ്രാപ്ത ശർവാചുനിചകിത രൗപദീ ചിന്തി അങ്ങനെ ഭഗവാൻ ദ്വാരകയിലിരിക്കുന്ന സമയത്താണ് കുരുസദസിദ്യൂതകേ സംയതായ കുരുസഭയിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ ദ്യൂതം നടന്നത് ആ ദ്യൂതത്തിൽ വച്ച് പാണ്ഡവർ തോറ്റു പാണ്ഡവരെല്ലാം പണയം വെക്കേണ്ടി വന്നു ആ സമയത്തവര് പാഞ്ചാലിയും പണയം വെച്ചു പാഞ്ചാലി അവരെന്ത് ചെയ്തു യാജ്ഞസൈന്യ ആ പാഞ്ചാലി അവര് സകരുണ ചേലമാനാം ആ പാഞ്ചാലിയുടെ ചേല വലിച്ചുകൊണ്ട് പാഞ്ചാലി അപമാനിക്കാൻ നോക്കിയപ്പോ ഒരു വാര്പ്പൻ പാഞ്ചാലി തന്റെ ആത്മേശ്വര കൃഷ്ണ ആനരക്ഷിക്കൂ എന്ന് പറഞ്ഞതും പാഞ്ചാലിയുടെ മുന്നിൽ ഭഗവാൻ ശാരീരൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചു എന്നിട്ടോ അതിനുശേഷം പിന്നീട് അവര് കാട്ടിലേക്ക് പോവുകയും കാട്ടിൽ വസിക്കുന്ന കാലം ഒരിക്കൽ ദുര്യോധനൻ പരീക്ഷിക്കാനായിട്ട് ദുർവാസവമാർഷി പറഞ്ഞ സമയത്ത് അവര് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സമയത്താണ് എത്തിച്ചേർന്നത് സൂര്യനിൽ നിന്ന് കിട്ടിയ അക്ഷയപാത്രം ഒരിക്കൽ ഭക്ഷണം കൊടുത്താൽ പിന്നെ ഭക്ഷണം കൊടുക്കില്ല ഇപ്പോഴിതാ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി ഭക്ഷണം എവിടുന്ന് കിട്ടും അപ്പോഴേക്കും വിളിച്ചു പാഞ്ചാ ആ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി വന്നു പാഞ്ചാലിയോട് പറഞ്ഞു അതെനിക്ക് പാത്രം കാണിച്ചു തരുമെന്ന് അങ്ങനെ ആ പാത്രം നോക്കിക്കൊണ്ട് ആ പാത്രത്തിൽ നിന്നും ചീരയിലെടുത്തുകൊണ്ട് ഭഗവാൻ അതാ തൃപ്തിമന്തം വനാന്തി ആരെ മുനികണം ആ മുനീശ്വരന്മാരെയൊക്കെ ഭഗവാൻ തൃപ്തിപ്പെടുത്തിയെന്നാണ് എന്നിട്ടോ യുദ്ധയാഗേതമന്ത്രേ നിളതി സതി വൃത ഫൽനത്ത കൗരവേദത്തസൈന്യ കരിപുരമഗമോ ജ്യോതകൃ പാണ്ഡവാർ ഭീഷ്മദ്രോണതിമാന്യേ തവഗല ദിക്തീ കൗരവേണ വ്യവൃണന്വിശ്വതശിപുരി പാണ്ഡവരും കൌരവന്മാരും തമ്മിൽ സ്പർദ്ധ വർദ്ധിച്ചു യുദ്ധത്തിൽ കലാശിച്ചു അങ്ങനെ ഭഗവാൻ യുദ്ധത്തിന് അവര് പാണ്ഡവരൊക്കെ തയ്യാറായപ്പോ ഭഗവാനെ സഹായം അപേക്ഷിച്ചുകൊണ്ട് ദുര്യോധനനും എത്തിച്ചേർന്നു അർജുനനും എത്തിച്ചേർന്നു ദുര്യോധനൻ ഭഗവാന്റെ കാലഞ്ചോട്ടിലിരുന്നു എങ്കിൽ അർജുനൻ തലയിലെടുത്തിരുന്നു ഇങ്ങനെ ഉറക്കം നടന്നു എന്നാണ് എഴുതി വന്നപ്പോ ആദ്യം കണ്ടത് ആരെയാണ് അർജുനനെ കണ്ടു അടുത്തിരിക്കുന്നവരെ കണ്ടു പിന്നെ കാണുന്നത് ദുര്യോധന അപ്പൊ ദുര്യോധൻ പറഞ്ഞു ഫസ്റ്റ് ഞാനാണെന്നത് കൃഷ്ണൻ ആദ്യം എനിക്ക് ചോയ്സ് തരണം ഭഗവാൻ പറഞ്ഞു രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ എന്നെ ഭരിക്കാം അല്ലെങ്കിൽ സൈന്യം ദുര്യോധനൻ പറഭു നിന്റെ ആർക്ക് വേണമെന്ന് എനിക്കെന്ത് മതി സൈന്യം മതിയുന്നു അർജുനൻ രഞ്ജത്ത് കൈവച്ച സത്യം ഓ രക്ഷപ്പെട്ടു എനിക്ക് സൈന്യം വേണ്ട അങ്ങേ മതിയുന്നു ഏകം ഫൽഗുനേനത്വേകൃതോദത്തോ ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി പാണ്ഡവാർത്ഥം ദൂതകൾ എന്നിട്ട് പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോ ഭീഷ്മ്രോണാതിമന്യെ കൌരവേണതിക്കതേ ആ ദുര്യോധൻ ഭഗവാന്റെ വാക്കുകളെ മാനിച്ചില്ല എന്ന് മാത്രമല്ല കെട്ടിയിട്ട് അപമാനിക്കാൻ നോക്കിയ സമയത്ത് ഭഗവാൻ മുനീനാം സദസി വിശ്വരൂപം അവിടെ വെച്ച് ഭഗവാൻ ദുര്യോധനാദികൾക്കും മുനികൾക്കും വേണ്ടി വിശ്വരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് വ്യാവണൻപേം ശോഭയിത്വ അവരുടെ രാജ്യത്തെയൊക്കെ ഒന്ന് പേടിച്ചു കുലിപ്പിച്ചു പറഞ്ഞു ഭഗവാൻ പറഞ്ഞു പാണ്ഡവർ എന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തൊടാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല ഇപ്രകാരം ഭഗവാൻ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു എന്നിട്ടോ ജിഷ്ണോ കൃഷ്ണസൂതക്കനുസമരമുഖേ ബന്ധുഗാദേം തംരം നിത്യേകോയമാത്മാ കോധ്യ കോത്രഹന്ത അതിഹവതഭിയം പിതാത്മാ ധർമ്മ്യം യുദ്ധം വിശ്വരൂപം അർജുനന്റെ തേരാളിയായിരിക്കുന്ന ഗുരുവായപ്പൻ അർജുനെയും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ചെന്ന സമയത്ത് ആ അർജുനൻ ആദ്യമൊക്കെ ഒരു യുദ്ധം ചെയ്യാൻ തയ്യാറായി സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്നൊക്കെ പറഞ്ഞാലറിയെങ്കിലും പിന്നീട് സ്വന്തം ആളുകളെ കണ്ട അർജുനൻ നാഹം ശക്തിയെ ഞാൻ ശക്തനല്ല എന്ന് പറഞ്ഞ് കാണ്ടീവം കയ്യിൽ നിന്നൊക്കെ താഴെ വെച്ച സമയത്ത് ഭഗവാൻ ഗീതോപദേശം കൊടുക്കുകയാണ് ആ ഗീതോപദേശമാണ് എഴുന്നൂറ് ശ്ലോകങ്ങളിലെ ഗീതോപദേശത്തെ ഭട്ടതിപ്പാട് ഒറ്റ ശ്ലോകം കൊണ്ട് ഒതുക്കി കളഞ്ഞു പറയണോ ഭഗവാൻ തം സമരമുഖേ കലവീരം ബന്ധുഗാദേ ദയാലും ഗിന്നം വീക്ഷ അർജുനൻ യുദ്ധമുഖത്തിൽ ഗിന്നനായിരുന്ന സമയത്ത് ഭഗവാൻ പറയണം ഐസഗേ എന്റെ പരമപ്രിയനായിരിക്കുന്ന അർജുന ഇതം കിം ഈ കൃപത നിനക്കെങ്ങനെ വന്നു നീ ഇങ്ങനെ അയം ആത്മാദിത്യ ശരീരം നശിച്ചാലും ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല സ്ഥൂല ശരീരം പോയാലും ഈ സ്ഥൂലമായ ശരീരത്തെ നിലനിർത്തുന്ന സൂക്ഷ്മമായ ശക്തികൾ നശിക്കില്ല മാറ്റർ നശിച്ചാലും എനർജി നശിക്കില്ല എന്ന സയൻസിന്റെ കണ്ടുപിടുത്തം അന്ന് ഭഗവാൻ പറയുകയാണ് സൂക്ഷ്മമായ സത്യത്തെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് അയം ആത്മാ നിത്യ ഏക അത്രവദ്യക ആർക്കാ സൂക്ഷ്മ സത്യത്തെ നശിപ്പിക്കാൻ സാധിക്കും ഹന്താക്ക ആര് ഇപ്രകാരം വധവീയം പ്രോത്സ്യ നീ കൊല്ലുന്നു എന്ന ഭയവും മരിക്കുന്നു എന്നുള്ള ഭയവും ഉപേക്ഷിച്ചുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്തു ധർമ്മ്യം യുദ്ധം ജര ഇപ്രകാരം പറഞ്ഞുകൊടുത്തുകൊണ്ട് വിശ്വരൂപന്റെ നിർ ദർശയൻ ഇപ്രകാരം വിശ്വരൂപവും കാണിച്ചുകൊണ്ട് അവനെ യുദ്ധോന്മുഖനാക്കി പെരുത്തുകയാണ് അപ്പോ ബന്ധുക്കളെ കൊല്ലുന്നതിൽ തളർന്ന അർജുനിനെ വീണ്ടും ഉണർത്തിയ ഉപദേശമാണ് ഗീതോപദേശം അപ്രകാരം ഭഗവാൻ അത്കരിച്ചു പിന്നീട് ഭക്തോത്തം സേതഭീഷ്മേ അവതരണിഭരച്ചേവൃത്യേകസക്തേ നിത്യം നിത്യം വിപിന്ദതി അവനിവൃത യുധം പ്രാപ്തസാദേശ പ്രതിജ്ഞ വിജഹദരൈവം ആരയൻ പ്രാഞ്ജലിന്തം അവിടുത്തെ ഭക്തോത്തമനായിരിക്കുന്ന ഭക്തോത്തം സേ ഭീഷ്മേ ധരണിവനക്ഷയ പ്രകൃത്യ പ്രസക്തേ നിത്യം നിത്യം അവനിവ്രപതയുധം ആയിരക്കണക്കിന് രാജാക്കന്മാരെ കൊന്നുകൊണ്ട് ഭീഷ്മാചാര്യര് പാണ്ഡവ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിമിഷം ഭഗവാൻ പോലും ത്വം ക്രോധശാലി അങ്ങേറ്റത്തെ ക്രോധശാലി തീർന്നുകൊണ്ട് നിശസ്ത്രപ്രതിജ്ഞ ഞാൻ അസ്ത്രമെടുക്കുകയില്ല എന്ന് ജ്യേഷ്ഠനോട് ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് വിഹതൻ അരിവരം ധാരയൻ തന്റെ കയ്യിലുള്ള സുദർശന ചക്രമേന്തിക്കൊണ്ട് ആ ഭീഷ്മവിതാമകന്റെ നേരെ എറിയാൻ നിന്നപ്പോ അദ്ദേഹം തം പ്രാഞ്ജലിം നദശിരസം തലകൊലിച്ചുകൊണ്ട് ഭഗവാനെ കൈകൂപ്പിത്തൊഴുത സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്തി കണ്ട് അനുഗ്രഹിച്ചു തിരിച്ചുപോകുന്ന കൃഷ്ണ അദ്ദേഹത്തിന്റെ ആ കാരുണ്യം അങ്ങയുടെ ആ കാരുണ്യം അമിതം അതീവം തന്നെ ഇന്ന് ഭട്ടതിരിപ്പാട് ഓർക്കുകയാണ് രംഗമാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് മഹാഭാരത യുദ്ധത്തിനിടയ്ക്ക് ഭഗവാനും ഭീഷ്മരും രണ്ട് പ്രതിജ്ഞ ചെയ്തിരുന്നു ഭീഷ്മരെ പ്രതിജ്ഞ ചെയ്തു പാണ്ഡവരെ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന് ആ ഭഗവാൻ ഭീഷ്മര പ്രതിജ്ഞ ഭഗവാനും തെറ്റിച്ചു ഭഗവാന്റെ പ്രതിജ്ഞ ഭീഷ്മരും തെറ്റിക്കാനടകുന്നു അതെങ്ങനെയാണത് പാഞ്ചാലി ഭഗവാനോട് പറഞ്ഞു എന്റെ ഭർത്താക്കൻ പാ ഭീഷ്മിതാമൻ കൊല്ലുന്നു ഭഗവാൻ പറഞ്ഞു സാരല്യ പാഞ്ചാലി നമുക്ക് പോവാ സന്ധ്യാസമയത്ത് പാഞ്ചാലിയെ കൊണ്ടുപോയത്രേ ഭീഷ്മരടുത്തേക്ക് ആ പോകുന്നതിന്റെ രസമാണ് ഭീഷ്മര് സന്ധ്യാവന്തനം ചെയ്തുകൊണ്ട് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ഡിസ്റ്റേർബ് ചെയ്യരുതെന്ന് കരുതി പാഞ്ചാലിയുടെ കാലിൽ കടന്ന ചെരുപ്പ് പോലും അവർ ആലോചിച്ചൊക്കെ കൃഷ്ണങ്ങനെ സാൻഡിലും പിടിച്ചിരിക്കുന്ന രംഗം എന്നിട്ട് പാഞ്ചാലിയോട് പറഞ്ഞു ചെന്ന് കാൽക്കൽ വീണോളൂന്ന് പാഞ്ചാലി ചെന്ന് കാൽക്കൽ വീണോ കണ്ണുനീര് ഭീഷ്മരുടെ കാലിൽ തട്ടിയപ്പോ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ദീർഘസുമംഗലി ഭവെന്ന് പോരേ കഴിഞ്ഞില്ലേ അതായത് നീ ദീർഘകാലം സുമങ്കലീരിക്കട്ടെ പ്രതിജ്ഞ തെറ്റിച്ചുവോ അത് കേട്ടപ്പോ പാഞ്ചാലി ഉച്ചത്തിൽ കരഞ്ഞു അപ്പം ഇങ്ങനെയും പ്രതിജ്ഞ കിട്ടിയാൽ കരയുന്ന സ്ത്രീകളുണ്ടോ ഭീഷ്മർ കാശ്ശിരി ദീർഘസുമഗലി ഭവ എന്നൊരു കള്ളൂടിയന്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തല്ലയും കുത്തുകയും ചെയ്യുന്ന കള്ളോടിയന്റെ ഭാര്യയോട് നീ ദീർഘസുമഗലി ഭവ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ ഇതുപോലെ ഭഗവാനായി ഭീഷ്മ വിചാരിച്ചു എന്താണ് ഇവളിങ്ങനെ കരയുന്നത് അപ്പോഴാ മനസ്സിലായത് പാഞ്ചാലി കരയുന്നത് എന്റെ പ്രതിജ്ഞ ഭീഷ്മരുടെ പ്രതിജ്ഞ ഞാൻ തെറ്റിച്ചുവല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് അപ്പൊ ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി പാഞ്ചാലിക്കില്ല എന്ന് ഭീഷ്മർക്കറിയാം ഇതെവിടുന്നോ ലോണെടുത്തതാണ് ആരാവോ ഭീഷ്മ ആചാര്യക്ക് ഇങ്ങനെ ഇത് പറഞ്ഞുകൊടുത്തത് എന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ പാവം നമ്മുടെ കൃഷ്ണൻ പാർട്ടി ചെരുപ്പം പിടിച്ചു നിൽക്കുന്നു ഭീഷ്മർക്ക് സങ്കടം തോന്നി പാവം കൃഷ്ണന്റെ അവസ്ഥ ചെരുപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച അത് കണ്ടപ്പം ഭീഷ്മരും മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു കൃഷ്ണ ഞാനും കേട്ടു നീ ജ്യേഷ്ഠനോടൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആയുധം എടുക്കില്ല നിന്നെ കൊണ്ട് ഞാൻ ആയുധമെടുപ്പിക്കുന്നത് ഇന്നിത് ആയ രംഗം വന്നിരിക്കുന്നു ഭഗവാൻ ചക്രമറിയാൻ നിന്നപ്പോ ഭഗവാൻ തന്റെ പ്രതിജ്ഞ താൻ ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് ചക്രമെടുത്തത് കാരുണ്യം കൊണ്ടാണ് അനുഗ്രഹിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു നദശിരസം വീക്ഷമോതാൽ സന്തോഷത്തോടെ നമസ്കരിച്ചു എന്നാണ് എന്നിട്ടോ യുദ്ധേദ്രോത്തൽ സിന്ധുരാജ്യം അങ്ങനെ ദ്രോണൻ നയിച്ചിരിക്കുന്ന യുദ്ധത്തിൽ ആ ദ്രോണാചാര്യന് ആനപ്പുറത്തിരുന്നു കൊണ്ട് ഭയങ്കര ഹസ്തി വൈഷ്ണവാസ്ത്രം ഭവാൻ വക്ഷസി ഭഗവാൻ എന്ത് ചെയ്തു ആ അർജുനന്റെ നേരെ ഉപയോഗിച്ച ഒരു അസ്ത്രം വൈഷ്ണവാസ്ത്രം അത് ഭഗവാൻ തന്നെ തന്റെ മാറിൽ വക്ഷസി ആദത്ത വാങ്ങിച്ചുവെന്നാണ് എന്നിട്ടോ ചക്ര ചക്രകി ഗിതരവിമഹം പറയാണ് ഈ ജയദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചക്രം കൊണ്ട് തമസുണ്ടാക്കി ഇരുട്ടുണ്ടാക്കിക്കൊണ്ട് ആ ജയദ്രന്റെ സിന്ധുരാജ്യം പ്രാർത്ഥയിൽ അയാളെയും കൊന്നു പിന്നെ അതിനുശേഷം നാഗാസ്ത്രേ കർണമുക്തി കർണൻ ഉപയോഗിച്ച നാഗാസ്ത്രം അത് തന്റെ അർജുനൻ ഏൽക്കാതിരിക്കാൻ ഭഗവാൻ ഇതീത്തത്രേ രഥത്തിന്റെ ചക്രം താഴ്ത്തിക്കളഞ്ഞുന്ന് ഇപ്രകാരമെല്ലാം ഭഗവാൻ അത്ഭുതകരമായി പാണ്ഡവരെ പല രീതിയിലും സഹായിച്ചുവെന്നാണ് എന്നിട്ടോ യുദ്ധാദോ തീർത്ഥാമീ സകൽ ഹലതരോ നൈവിഷക്ഷേത്രമൃച്ഛൻ അപ്രുത്രാദായൂതൃതസുതാം തത്പദേ കൽപ്പയ യജ്ഞജ്ഞം ബല്ലലം പർവണി പരിതലയൻ നാദതിത്തോരണാന്തേ മി ബലരാമസ്വാമി പറഞ്ഞു ഞാൻ ഈ യുദ്ധത്തിനില്ലേ കൃഷ്ണ കാരണം രണ്ടുപേരും ബന്ധുക്കളാണ് നമ്മൾ ആരുടെ പക്ഷത്തുനിന്ന് യുദ്ധം ചെയ്യും കൃഷ്ണൻ യുദ്ധം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ സാരത്യ ഞാൻ ഒരിക്കലും ആയതെടുക്കില്ല ഞാൻ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി തീർത്ഥാടനത്തിന് പോയി എവിടെയാ പോയത് ക്ഷേത്രേ നൈമിഷാരണ്യം പറയുന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോഴോ അവിടെ ചെന്നപ്പോ ഇതുപോലൊരു സൽസംഗം നടക്കുന്നുണ്ട് അവിടെ ഈശാരണ്യത്തിൽ ഒരു സൂതൻ അവിടെ ഇരുന്നുകൊണ്ട് പുരാണങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഋഷീശ്വരന്മാരൊക്കെ മുതലിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കേട്ടും മനസ്സിലാക്കിയും കൊണ്ട് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് ബലരാമസ്വാമി സൽസംഗ ഹാളിലേക്ക് കയറിയതും ആ സ്റ്റേജിലിരുന്ന ആചാര്യന്മാരൊന്നും സൂതനൊന്നും എണീറ്റ് ബഹുമാനിച്ചില്ല അതിനങ്ങോട്ട് കോപം വന്ന് എന്ന പ്രത്യുത്തായി സൂതക്ഷേകത അസൂദനെ കൊന്നു സൂദനെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു ആചാര്യനെ അവിടെ ഉണ്ടായിരുന്ന ഋഷീശ്വരന്മാരെ പറഞ്ഞു പാപം കരൂതി ഭവാൻ പാപം കരൂതി അവരൊന്നും സഹകരിച്ചില്ലേ ബലരാമസ്വാമിയോട് ഈശ്വരോപിശ്വരനായിട്ട് പോലും അവര് പറഞ്ഞു അങ്ങ് നിണ്യമായ പ്രവൃത്തിയാണ് ചെയ്തത് കാരണം ഇതിനെ വ്യാസഗദ്യ പറയും ഈ പീഠത്തിന് വ്യാസസ്ഥലം എന്ന് പറയും മണ്ഡലി അവിടെയിരിക്കുന്ന ആചാര്യന്മാര് ഈശ്വരൻ വന്നാൽ പോലും എണീക്കേണ്ടതില്ല അതാണ് ആ സ്ഥാനത്തിന്റെ ബഹുമാന്യത നമ്മുടെ ശാസ്ത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് അപ്പോ എത്രയോ പൂജിതനായ ബലരാമസ്വാമി വന്നിട്ടും എണീക്കാത്തതിൽ ഒരു തെറ്റുമില്ല കാരണം ആ സമയത്ത് ശാസ്ത്രങ്ങൾ പറയുന്ന സമയത്ത് അതിനു ആരും വലുതല്ല അതുകൊണ്ട് അങ്ങ് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് ആ ബലരാമസ്വാമിയെ കൊണ്ട് സൂതന് വേണ്ടുന്ന ചെയ്ത് പിന്നീട് ആ സൂതന്റെ പരമ്പരയെ തന്നെ പുരാണങ്ങൾ പറയാനുള്ള ആചാര്യന്മാരായി ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രായ ചിത്തം ചെയ്യേണ്ടി വന്നു ബലരാമസ്വാമിക്ക് ചെയ്യേണ്ടി വന്നു തൽപദേ കൽപ്പൈത്വ പിന്നീട് വല്ലുലൻ എന്ന് പറയുന്നൊരു അസുരനെ യജ്ഞങ്ങൾ നശിപ്പിക്കുന്ന അസുരനെ കൊന്നുകൊണ്ട് അവിടുന്ന് സംപ്രാപ്തോ ഭീമ ദുര്യോധന ധരണം അവിടെ ചെന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചെന്നു ഒരിക്കൽ കൂടി കോംപ്രമൈസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് ദുര്യോധനെയും ഭീമസേനയെയും സാധ്യമല്ല എന്ന് കണ്ടിട്ട് യാതപുരിന്റെ തിരിച്ചു ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ടോ സംസുക്തോപദേയ ചമണഹതം രൗഡിമീത്യത്യാ തന്മോക്തം രാമമസ്തം അവഗതവിജയോ മൗലിരത്നം ചേ ഉച്ചിത്തെ പാണ്ഡവാശതീ ഉത്തരാഗർഭമസ്തേ രക്ഷന്നുഷ്ടത്രമക ം മഹാഭാരത യുദ്ധം കഴിഞ്ഞു യുദ്ധത്തിന്റെ പതിനെട്ടാമത്തെ ദിവസം അശ്വത്ഥാമാവ് യുദ്ധഭൂമിയിലേക്ക് വന്ന് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരെ കൊല്ലാനാണ് വന്നത് പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ കൌരവ സഭയിലേക്ക് മാറ്റിയിരുന്നു അയാളെ നോക്കുമ്പോൾ പാണ്ഡവരുടെ ശിബിരത്തിൽ കടന്നത് പാണ്ഡവർക്ക് പാഞ്ചാലിയിലുണ്ടായ അഞ്ച് പുത്രന്മാരെയാണ് ഈ അഞ്ച് പുത്രന്മാരെ വധിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് പോയതും പാണ്ഡവര് ഈ വിവരം അറിഞ്ഞതും അർജുനൻ അവിടെ ചെന്ന അശ്വത്ഥാമാവിനെ പിടികൂടാൻ വേണ്ടി കൃഷ്ണന്റെ കൂടെ ചെല്ലുകയാണ് എന്നിട്ടോ ദ്രൌണിമിത്യ തൊന്മുക്തം ആ ദ്രൗണിയെ കൊല്ലാൻ സമയത്ത് പാഞ്ചാലി പറഞ്ഞു അരുത് കൊല്ലരുത് ഇവന്റെ അമ്മ എന്നെപ്പോലെ ദുഃഖിക്കാതിരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് അപേക്ഷിച്ച സമയത്ത് മുടി മാത്രം മുറിച്ചെടുത്തുകൊണ്ട് അശ്വത്ഥാമാവിനെ പറഞ്ഞയച്ചതാണ് അതിന്റെ പ്രതികാരം തീർത്തത് ആ അശ്വത്ഥാമാവ് മൌലിരത്നം ചക്രേ അവന്റെ മൌലിരത്നം തലയിലുള്ള ചൂടാമണിക്കടുത്ത് അവനെ പറഞ്ഞയച്ചപ്പോൾ ആ അശ്വത്ഥാമാ പ്രതികാരം തീർത്തത് ഉത്തരാഗർഭവസ്തേ ബ്രാഹ്മവസ്ത്രം അവൻ ഉത്തരാദേവിയിലെ ഗർഭത്തിന് നോക്കിക്കൊണ്ട് ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടപ്പോ ഭഗവാൻ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ചക്രം കൊണ്ട് ഗർഭത്തെ ആവരണം ചെയ്തു എന്നും അങ്കുഷ്ടമാത്രം ഒരു കൈവിരലിന്റെ രൂപത്തിൽ ശങ്കുചക്രകഥാരൂപത്തിൽ ആ കർഭപാത്രത്തിൽ ചെന്ന് കുട്ടിയെ അനുഗ്രഹിച്ചു എങ്ങനെയാണ് ഉത്തരാദേവിയിലൂടെ ആരുണ്ടായത് പരീക്ഷത്തെന്ന് പറയുന്ന രാജാവുണ്ടായത് എന്നിട്ടു ധർമ്മോഹം ധർമ്മസൂനോ അവിദനഖിലം ചന്ദമൃത്യുസവീഷ്മ ത് പശ്യൻ ഭക്തിഭൂമിനക നിഷ്കള ബ്രഹ്മഭൂയം സംയോജ്യശ്വശമേതേ ത്രിവിരതിമഹിതേ ധർമ്മജമ്പൂർണകാമം ോ അവരവതേ അഹിമാർ പിന്നീട് മഹാഭാരത യുദ്ധത്തിനുശേഷം സ്വച്ഛന്ദ മൃത്യുവായ ചന്ദമൃത്യൂ സഭീഷ്മ സ്വച്ഛന്ത മൃത്യുമായ ഭീഷ്മരുടെ അടുത്ത് ധർമ്മസൂനോഖിലം ധർമ്മോകം ശാന്തി കിട്ടാതെ ആ ധർമ്മപുത്രക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഭീഷമാചാര്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോ അവിടെ വച്ച് ഭക്തിപൂംനാത്വം പശ്യൻ ഭഗവാനെ കണ്ടതും പാണ്ഡവരെ കണ്ടതും അത്യുൽകൃഷം വന്ന ഭീഷമാചാര്യര് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും പാണ്ഡവർക്കെല്ലാവിധത്തിലുള്ള തത്വങ്ങളും പറഞ്ഞുകൊടുത്ത് വിഷ്ണു സഹസ്രനാമവും പറഞ്ഞുകൊടുത്തുകൊണ്ട് അവസാനം ആ ഭഗവാനെ കണ്ടുകൊണ്ടുതന്നെ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് പറയാണ് സപതി നിഷ്കളബ്രഹ്മഭൂയം യയോ അദ്ദേഹം ഭഗവാനെ ആത്മാവായി കണ്ടുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു എന്നാണ് അതിനുശേഷം പിന്നീട് ധർമ്മപുത്രയെക്കൊണ്ട് അതിമഹിതയെ പലതരത്തിലും യാഗങ്ങൾ ചെയ്യിച്ചുകൊണ്ടും പൂർണ്ണ കാമം കൃത്യം അവർക്ക് പൂർണ്ണ കാമം കൊടുത്തുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തുകൊണ്ട് ദ്വാരകയിലേക്ക് ഭഗവാൻ തിരിച്ചെത്തി ഇങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കേണമേ ഇപ്രകാരം മഹാഭാരതം അതുപോലെ തന്നെ ഭഗവത്ഗീത പിന്നീട് ഭാഗവതത്തിലെ ആദ്യ ഭാഗങ്ങളിലുള്ള പിന്നീട് ഭീഷ്മ മുക്തി എന്നിവല്ലാം ഈ ദശകത്തിൽ പറഞ്ഞപ്പോൾ സമരിപ്പിച്ചു ഇനി അടുത്ത ദശകത്തിലാണ് ഭഗവാന്റെ അടുത്ത ഫ്രണ്ടായ ക്ലോസ് ഫ്രണ്ടായത് സുധാമാവ് ഭഗവാനെ കാണാൻ വരുന്നതും ഭഗവാനെ അനുഗ്രഹിക്കുന്നുമായ കുജേലോപാഖ്യാനം എന്ന് പറയുന്ന ദശകം വാസ്തവത്തിൽ കുജേലെന്നുള്ള പേര് ഭാഗവതത്തിൽ ഇല്ല ഭാഗവതത്തിൽ സുധാമാണല്ലോ കുജേൽ എന്നുള്ള പേര് ഭട്ടതിരിപ്പാടാണ് കൊണ്ടുവരുന്നത് കേരളത്തിലാണ് സുധാമാവിന് കുജേലെന്നുള്ള പേര് വന്നത് അതുകൊണ്ടിവിടെ കുജേലോഭാഖ്യാനെന്നാണ് പേരിട്ടിരിക്കുന്നത് എൺപത്തിയേഴാമത്തെ ദശകം കുജേലാമാവതാം പണ്ട് സാന്ദീപനി മന്ദിരത്തിൽ ഗുരുവായൂരപ്പ അവിടുന്ന് ഗുരുകുല വിദ്യാഭ്യാസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സതീർത്തി കുജേലാ മാതിജ അങ്ങേക്ക് കുജേലൻ എന്ന പേരുള്ള സുധാമാ എന്നുള്ള പേരാണ് ഭട്ടതിരിപ്പാടത് കുജേലൻ ആക്കി മാത്രം അപ്പോ സുധാമാവ് എന്നുള്ള പേരില കുചേലൻ എന്ന പേരുള്ള ഒരു സതീർത്ഥ്യൻ ഉത്തമ സുഹൃത്ത് ക്ലോസ് ഫ്രണ്ട് ഏറ്റവും എന്തെ കുട്ടികൾ പറയാനല്ലേ എന്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് അതുപോലെ ഭഗവാന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിരുന്നു അര് സുധാമാവ് അങ്ങനെ ഗൃഹാശ്രമി ഗുരുഗുരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അവര് സെറ്റിൽ ചെയ്തു അപ്പനാപ്പന അത് കഴിഞ്ഞ് സുധാമാവും കല്യാണം കഴിച്ചു ഗൃഹാശ്രമി എന്നിട്ടോ തൊതദേവരാഗേണ ധനാതി നിസ്പ്രഹം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ട്വന്റി ഫോർ അവേഴ്സിൽ ബാക്കി സമയമൊക്കെ ഭഗവാനെ തന്നെ സ്മരിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായിരുന്നു സുധാമാവ് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവില്ല ഒരേ ചിന്ത ഭഗവാനെ സ്മരിക്കുക അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനിൽ മുഴുകി ജീവിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങളുണ്ടായി ഒന്ന് വലിയ ദാരിദ്ര്യമുണ്ടായി കര ജോലിക്കുന്നു പോവില്ല ഭാര്യ വല്ലിടത്തും പോയി യാചിച്ചുകൊണ്ടുവരണം പൊതുവെ ആ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണ സ്ത്രീകളൊന്നും യാചിക്കാൻ പോവില്ല വല്ലതുമൊക്കെ കിട്ടും പക്ഷേ സുധാമാവിന്റെ ഭാര്യയ്ക്ക് സുധാമാവിനെ പുലർത്താൻ യാചിക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെയൊരു പ്രശ്നം രണ്ടാമത് സുധാമാവിന്റെ വീടൊന്നും ശ്രദ്ധില്ല അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാറായിരിക്കണം അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല പിന്നെ പുറത്തൊന്നും ഇറങ്ങാത്തോട് വലിയ ക്ലോസ് വേറെ ഫ്രണ്ട്സൊന്നുമില്ല ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ അര് ഭഗവാൻ കൃഷ്ണൻ അതൊന്നും ഹൃദയത്തിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ആർക്കുണ്ടായിരുന്നു ഇന്ന് നമുക്കിതൊക്കെ ഉണ്ട് എന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ നമുക്ക് വീടൊക്കെ നല്ല ഉഷാറ് വീടാണ് പോരാത്തതിന് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് നേരെ ഉൾട്ടിയാണ് നർത്ഥം എന്താ സുധാമാവെന്ന് അല്ലെ അതൊക്കെ പറഞ്ഞാൽ ശരി നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വലിയ ഭക്തിയൊക്കെ പറയും നിങ്ങളൊന്ന് ചിന്തിക്കും നിങ്ങളുടെ ഭർത്താവ് എങ്ങാനും കുജേലിനെ പോലെയായിരുന്നെങ്കിലോ കഥ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഓ പാവം കുചേലൻ ചരിത്രം കണ്ണുനീര് തൂക്കണോ നമ്മള് പക്ഷേ ഈ കുചേലൻ ആവാൻ നമ്മുടെ വീട്ടിലാരും പാടില്ല നമ്മുടെ വീട്ടിലൊക്കെ കുബൈരന്മാരെ ആവാൻ പാടുള്ളൂ അങ്ങനെ ഖുദേലനാം നുതേലൻ ആ എന്ന് പറയുന്ന മഹാത്മാവ് അദ്ദേഹത്തിന് വേറെയും മൂന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു എന്താ മൂന്ന് പ്രത്യേകത ഭഗവാൻ അയാളെ സുഹൃത്തായിട്ടെടുക്കാനുള്ള കാരണമായിരുന്നു അദ്ദേഹം ജിതേന്ദ്രിയനായിരുന്നു ദിതേന്ദ്രിയെന്ന് പറഞ്ഞാൽ കംപ്ലയിന്റുകളില്ലാത്തത് ഒരു യഥാർത്ഥ ഭക്തൻ ഭഗവാനോടൊരിക്കലും കംപ്ലയിന്റ് പറയുന്നവരാവും അങ്ങനെയായിരിക്കണം ശരിക്കുള്ള ഭക്തൻ കംപ്ലയിന്റ് പറയുന്നവരൊന്നും ഭഗവാൻ ഭക്തൽപ്പെടുത്തിയിട്ടില്ല ഈ അമ്പലത്തിലൊക്കെ ചെന്നിട്ടുണ്ടല്ലോ ഹാർമോണിയം പോലെ കെ കെ കെ കെ എന്ന് പറഞ്ഞിട്ട് മകൻ ശരിയില്ല മകള് ശരിയില്ല അവള് ശരിയില്ല മരുമകൾ ശരിയില്ല അവരൊക്കെ ഒന്ന് നേരെയൊക്കെ എടുക്കും പറയുന്ന ആളുകളുണ്ടല്ലോ ഇതൊന്നും ആർക്കിഷ്ടമല്ല ഭഗവാൻ ഇഷ്ടമല്ല കംപ്ലൈന്റുകൾ പറയാത്തവർ അതൊരു ഭക്തിയുടെ മഹത്ത ലക്ഷണമാണ് അങ്ങനെയൊക്കെ നമ്മുടെ അമ്പലത്തിന്റെ മുന്നിൽ എഴുതി വെക്കണം എന്ത് എന്നാ പിന്നെ മിക്കവാറും അമ്പലങ്ങളിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല സ്വസ്ഥമായത് അവിടെ കംപ്ലൈന്റ് പറയാനാ പോകുന്നത് പേര് ഓരോരോ വിഷമങ്ങൾ പറയാ എന്നാ ഈ വിഷമങ്ങൾക്കുണ്ടരവസാനം ഭഗവാനെ തലവേദന മാറ്റിത്തരണേന്ന് ഇത് മാറ്റിത്തരണേന്ന് വഴി വഴി വയറുവേദന അവിടെ കാത്തിരിക്കുക ഒരു വേദന ഉണ്ട് എന്നിട്ട് വേറൊരു വേദനയ്ക്ക് വേണ്ടി മാറ്റിത്തരണ എന്ന് പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കും നിങ്ങൾ അപ്പൊ അങ്ങനെയാണ് മനുഷ്യൻ പ്രശ്നങ്ങൾ മാറ്റിത്തരണമെന്നാണ് അവന്റെ ആഗ്രഹം അതാണ് കംപ്ലൈന്റ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനിലേക്ക് ഉയരാൻ സാധിക്കണമെന്ന് ഉയരാൻ സാധിച്ചാൽ പിന്നെ എവിടെയാ പ്രശ്നമുള്ളത് ഉണ്ടോ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായി തീരും ഇപ്രകാരം സുധാമാവ് ജിതേന്ദ്രിയനായിരുന്നു ജിതേന്ദ്രിയെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റും ഇല്ലാത്തവർ വീട്ടിലുള്ള കംപ്ലയിന്റ് ഭഗവാനോട് മാത്രമല്ല എന്തുണ്ടാക്കി കൊടുത്താലും ഭാര്യയോട് പറയും അടിപൊളി അടിപൊളി പറയില്ല അന്നത്തെ ഭാഷ വളരെ എക്സലന്റ് നന്നായിട്ടുണ്ട് അതും പറയും അത് ഇംഗ്ലീഷുമായി പറയും വളരെ വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണ്ടേ അല്ലേ എന്തുണ്ടാക്കി കൊടുത്താലും നൂറ് കംപ്ലൈന്റ് പറയുന്ന കൂട്ടത്തിലാണ് ചില വീടുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞു ആ വീട്ടുകാരുടെ ഒരു സന്തോഷം അല്ലേ നിങ്ങൾ ഓരോ വീട്ടിൽ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് അവരുടെ വീട്ടില് ഓ നന്നായിട്ടുണ്ടോ ഈ സാമ്പാറും എന്തൊക്കെ കേൾക്കുമ്പോഴേക്കും അവർക്ക് എന്തൊരു സന്തോഷമാണ് കാരണം അങ്ങനെ ഒരു വാക്ക് അവരുടെ വീട്ടിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോ ഇപ്രകാരം കംപ്ലൈന്റ് ഇല്ലാത്തവൻ ആയിരുന്നു അര് സുധാമ രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ഒരു മഹത്തായ പ്രത്യേകത പറയാണ് ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലും തളരാത്തവനായിരുന്നു അതുകൊണ്ട് പറയും പ്രശാന്താത്മ ഒരു അനുഭവത്തിലും തളരാത്ത എപ്പോഴും മനസ്സിൽ ശാന്തി നിലനിർത്താൻ കഴിയുന്നവൻ പ്രശാന്താത്മ ദ വൺ ഹൂ ക്യാൻ കീപ്പ് ദ മൈൻഡ് ഓൾവേസ് കാം അങ്ങനെ മനസ്സ് നിലനിർത്താൻ സാധിക്കുന്നവൻ അപ്പോൾ ഇന്ദ്രിയങ്ങളെ നാവിനെ നിയന്ത്രിച്ചു അതുപോലെ തന്റെ മനസ്സിനെ ക്വയറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മഹാത്മാവായി ജിതേന്ദ്രിയ അതുപോലെ പ്രശാന്താത്മാ ഇനി മൂന്നാമത്തെ ഒരു മഹത്തായൊരു കഴിവായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഡിമാൻഡുകളുണ്ടായിരുന്നില്ല നോ എക്സ്പെക്ടേഷൻ നോ ഡിമാൻഡ് എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു സുധാമാവിനുണ്ടായിരുന്നു ഇതാണ് ഒരു വ്യക്തിയുടെ ഒരു മഹത്തായ മൂന്ന് ഗുണങ്ങൾ ഒന്ന് ഇന്നത് കിട്ടണം എന്നൊരു പ്രതീക്ഷയില്ലാത്തവൻ എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ സാധിക്കുന്നവർ അതെന്തും എങ്ങനെ സ്വീകരിക്കും അവൻ സന്തോഷത്തോടെ ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കും കംപ്ലെയിന്റുകളില്ലാത്തവൻ എപ്പോഴും മനസ്സിനെ ശാന്തമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നവൻ ഇത് മൂന്നുമുള്ളതുകൊണ്ടാണ് ഭഗവാൻ സുധാമാവിനെ തന്റെ അടുത്ത സുഹൃത്തായിക്കൊണ്ട് നടന്നത് അപ്പൊ നമ്മളൊക്കെ ഭഗവാന്റെ സുഹൃത്താവണമെങ്കിൽ എന്താവണം വിഗ്രഹത്തിൽ ദിവസം ആനട്ടാ മതിയോ ഏ അങ്ങനെ നമ്മൾ വിചാരിക്കരുത് നിങ്ങൾ ദിവസം പൂജ ചെയ്തുകൊണ്ട് ഭഗവാന്റെ സുഹൃത്താവാൻ പോകുന്നില്ല ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ സുഹൃത്താവണമെങ്കിൽ പരാതികൾ ഉണ്ടാവരുത് പരാതി ഉണ്ടാവരുത് പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ അടിച്ച തലയിൽ വെച്ച് പോകരുതേ നിങ്ങൾക്ക് അസുഖം വന്നിട്ട് ഡോക്ടറെടുത്ത് ചെയ്തിട്ട് ഒരു പരാതിയില്ല ഡോക്ടറെ കാരണം ഭാഗവതത്തിൽ പറഞ്ഞിട്ട് ഭഗവാന്റെ സുഹൃത്താവണമെങ്കിൽ നോ കംപ്ലൈന്റ് അയാളെന്ത് ചെയ്യും നിങ്ങളെ നിങ്ങൾ പരാതി പറയും വിഷമങ്ങൾ പറയണ്ടേ കാര്യം പറയണ്ടേ പരാതി ആയിട്ടില്ലെങ്കിലും പറയണ്ടേ അയാൾ പറയും നിങ്ങളോട് ഒരു കാര്യം ചെയ്യും നെക്സ്റ്റ് ഡോറിൽ പോകും അവിടെ ഡോക്ടർ ഉണ്ട് എന്ന് ഏത് ഡോക്ടർ വെറ്റിനറി ഡോക്ടർ കാരണം അയാളുടെ രോഗികളൊന്നും പരാതിയില്ലാത്തവരാണ് പണ്ടൊരു കുട്ടി പറഞ്ഞ പോലെ ഞാൻ വെറ്റിനറി ഡോക്ടർ ആവാന്ന് പറഞ്ഞു കാരണം ഏത് മരുന്ന് കൊടുത്താലും രോഗി പരാതി പറയില്ലല്ലോ അങ്ങനെയുള്ള ഒരു രോഗി അവർ മാത്രമേ ഉള്ളൂ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ പരാതികൾ പറയേണ്ട പറയണം അല്ലേ ടെലിഫോണിൽ നിന്നു ഭാഗവതത്തിൽ പറഞ്ഞിട്ട് ഭഗവാന്റെ ഭക്തനാവണമെങ്കിൽ പരാതി പറയരുതെന്ന് പറ്റുമോ ഇല്ല പരാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വീക്ക്നസ് കാണിക്കരുത് എന്നർത്ഥം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ആളുകൾക്ക് പരാതി അത് കിട്ടിയില്ല അത് കിട്ടിയില്ല അവിടെ രണ്ടു പപ്പട കൊടുത്ത് എനിക്ക് ഒരു പപ്പടേ തന്നുള്ളൂ ഇങ്ങനെ ഇങ്ങനെ നിസ്സാര കാര്യങ്ങളിൽ പായസം അവിടെ രണ്ട് കയ്യിൽ വളർന്ന് എനിക്കാണെങ്കിൽ ഗുണീസ്വയം വരല്ലേ കുറച്ച് കണ്ടുവളം വേണ്ടതല്ലേ എന്തൊക്കെയാ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ആളുകൾ നിസ്സാര കാര്യത്തിനൊക്കെയാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയാൽ കാണാം ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചു അവൻ മുട്ടും ഇങ്ങനെ വെച്ചു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തൊഴാൻ പറ്റിയില്ലെന്ന് ഇവിനിങ്ങനെ തൊഴേണ്ടെങ്ങനെയോ ഈ തരത്തിൽ ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഈ സില്ലി സില്ലി കാര്യങ്ങളിലൊക്കെ ഡിസ്റ്റർബായിട്ട് കംപ്ലയിന്റ് പറയുന്ന ആൾക്കാര് ഭഗവാനോട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭഗവാനെ ആകെ ഒരു മകളെയുള്ളൂ അവള് പ്രസവിച്ചിട്ടില്ലേന്താ ചെയ്യാന്ന് ഭഗവാൻ പറയും പതിനാറായിരത്തെണ്ണം പ്രസവിച്ചിരിക്കുകയാണ് എനിക്ക് പത്ത് പത്തൊന്ന് എടുത്തു കൊണ്ടുപോയിക്കോളൂ അല്ല എന്താ ചെയ്യ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ എടുത്ത് എന്ന് പറയുന്നവരാണ് കംപ്ലയിന്റ് ബോക്സുകൾ അതൊന്നും പറയരുത് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ എങ്ങനെ ജീവിക്കണം മനസ്സ് പ്രശാന്തരായിട്ട് ജീവിക്കണം കഴിയുന്നത്ര ശ്രമിക്കണം മൂന്നാമത്തത് പ്രത്യേകിച്ചൊന്നും ഡിമാൻഡ് എക്സ്പെക്ടേഷൻ ഉണ്ടാവരുത് ചിലര് രാവിലെ എണീറ്റാ തന്നെ ചോദിക്കേ ഇന്ന് സാമ്പാറാണോ പുളിശ്ശേരിയാണോ രാവിലെ അഞ്ചു മണിയായിട്ടുള്ളൂ ഉച്ചയ്ക്കിത്തെ കാര്യ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെ അങ്ങനെയൊക്കെയുള്ള ജീവിക്കുന്ന ആൾക്കാർ കഴിക്കുക അത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ അപ്രകാരം ജീവിതം ആയ തീരെ ആണ് നല്ലൊരു ഉത്സാഹത്തിന്റെ ജീവിതം കൊണ്ടുതടന്നവനായിരുന്നു ആര് ഗൃഹസ്രാശ്രമിയായിട്ട് പോലും സന്യാസിമാർക്ക് പറ്റി പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന സുധാമാവൊരു സാധാരണ ആളുകൾ എന്താ പറയാന്ന് അറിയോ സന്യാസിമാർക്ക് പറ്റൂ നോക്കെ കാരണം നിങ്ങൾക്ക് ടെൻഷനില്ലല്ലോ കാരണം നിങ്ങൾക്ക് ആരെയും നോക്കേണ്ടതില്ല ഞങ്ങളൊക്കെയോ ഗൃഹസ്ഥരല്ലേ എന്ന് വെച്ചാൽ ഭാരം നമ്മുടെ തലയിലുള്ളതുപോലെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തുക അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ആരെ സുഹൃത്തായി സ്വീകരിച്ചത് ഗൃഹാശ്രമി സുധാമാവരു സന്യാസി ആയിരുന്നില്ല ഗൃഹസ്ഥനായിരുന്നു എന്നിട്ടും ഒരു സന്യാസിയെക്കാളും ഉത്കൃഷ്ടരെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നിട്ടോ സമാനശീലാ വൃത്തിലബ് രമാനിഷേവ്യത സമാനശീല ആയിട്ടുള്ള ഒരു ഭാര്യ കുജേലൻ ഉണ്ടായിരുന്നു സമാനശീല എന്ന് പറഞ്ഞാൽ ശ്രുതാമാവിനെ പോലെ തന്നെ ഏറെക്കുറെ ചിന്തിക്കാൻ സാധിക്കുന്നവണ് ഇന്ന് അങ്ങനെയുള്ളൊരു ഭാര്യ കിട്ടണമെങ്കിൽ വളരെ പ്രയാസം തന്നെയാണ് ഇന്ന് മിക്കവാറും കാണുന്നത് ഭർത്താവ് ഒരു റൂട്ടിൽ പോയാൽ ഭാര്യ വേറെ റൂട്ടിലായിരിക്കും കാണാം നമുക്ക് ലോകത്തിൽ ഭർത്താവ് സ്പിരിച്വൽ പോയാൽ അല്ലെങ്കിൽ ഭാര്യ സ്പിരിച്വൽ റൂട്ടിൽ പോയാൽ മറ്റാൾ സ്പിരിറ്റിന്റെ റൂട്ടിലായിരിക്കും ഒരു സ്ഥലത്ത് രണ്ടുപേർക്ക് ഒരു ഐക്യമാണ് ഒരാൾ സ്പിരിറ്റും മറ്റുള്ള സ്പിരിച്വലായിരിക്കും അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവുമാണ് നമ്മൾ ഇന്ന് കൂടുതൽ കാണുന്നത് ഒരിക്കലും രണ്ടുപേരും ഒരേ റൂട്ടിൽ ട്രെയിനിന്റെ ട്രാക്ക് പോലെ വരില്ല രണ്ടുപേരും രണ്ട് അറ്റം പോലെയാണ് അങ്ങനെയാണ് പൊതുവേ കാണുന്നത് അതുകൊണ്ടാണ് എപ്പോഴും വീട്ടിൽ പ്രശ്നവും ഇങ്ങോരൊന്ന് നേരെയേക്ക് എന്താ കാര്യം എത്ര പേര് ചോദിക്കാണ്ട് എന്നോട് പലരും ഒന്ന് ചോദിക്കാണ്ട് അമ്മമാര് എന്റെ ഭർത്താവിനെ ഒന്ന് എന്താ വഴിയെന്ന് ഞാൻ പറയാണ്ട് വാഷിംഗ് മെഷീൻ ഇട്ടോളൂ എന്ന് അല്ല എന്ത് ചെയ്യാനാണ് നേരെയൊക്കെ എടുക്കാൻ ഒരാഴ്ച മതി ഒന്ന് ക്ലീൻ ചെയ്ത് വരികയാണ് രാത്രി കിടക്കുമ്പം ഇതെന്തുകൊണ്ടാണ് സമാനശീലത്വം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിലോ ഒരു കംപ്ലൈന്റ് ഉണ്ടായില്ല ഇരുപത്തിനാല് മണിക്കൂർ നാമം ചൊല്ലുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് കംപ്ലയിന്റ് എന്നാൽ തന്റെ ഭർത്താവിനെ ഒരു കംപ്ലൈന്റും ആർക്കില്ല ഇന്ന് നാമം ചൊല്ലാത്തേല്ലാം കംപ്ലയിന്റ് ഉള്ളു ആളുകൾക്ക് അല്ലെ അന്ന് സുധാമാവിന് ഭാര്യയ്ക്ക് ആ പരാതിയില്ല പക്ഷേ സുധാമാവ് ചിത്തലയെന്ന ഭഗവാനിൽ നേടിയിരിക്കുന്ന ചിത്തലയം ആർക്കുണ്ടായിരുന്നില്ല സുധാമാവിന്റെ ഭാര്യയ്ക്ക് ആ പ്രശാന്തി അവർക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്താ വിഷമം പറയാണ് ഞാൻ പല വീടുകളിൽ പോയി ആചിച്ചു കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ടൊന്നും അങ്ങയുടെ വിശപ്പ് തീർക്കാൻ സാധിക്കുമെന്നെനിക്ക് തോന്നുന്നില്ല എന്തിനാ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നത് അങ്ങയുടെ സുഹൃത്തല്ലേ ഭഗവാൻ താരകാനാഥനായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയുടെ ഈശ്വരനായിരിക്കുന്ന സർവ്വസമ്പൽ സമൃദ്ധിയുടെ ഈശ്വരനായിരിക്കുന്ന കൃഷ്ണൻ ഒന്ന് പോയി എന്ന നിശേവ്യതയെ ഒന്ന് കണ്ടുവെന്ന് വെച്ചിട്ട് ഇപ്പം എന്താ അതിനൊരു തെറ്റുള്ളത് ഒന്ന് സേവിച്ചു എന്ന് വെച്ചിട്ട് എന്തായാലും തെറ്റുള്ളത് ഭഗവാനെ കാണാൻ ഭഗവാന്റെ സുഹൃത്തിനോട് ഭഗവാന്റെ സുഹൃത്തിന്റെ ഭാര്യ പ്രേരിപ്പിക്കുകയാണ് തന്റെ സുഹൃത്തിനെ കാണാൻ ഭാര്യയോട് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഭഗവാന് സുഹൃത്തിന് പോലും ആരെ കാണേണ്ടി വന്നില്ല ഭഗവാനെ കാരണം ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് അദ്ദേഹം എന്നാൽ ഭാര്യയ്ക്ക് അത്രയൊന്നും എത്താത്തതുകൊണ്ട് സുധാമാവിനെ പ്രീരിപ്പിച്ചുവെന്നാണ് ഇത് കേട്ടപ്പോഴോയം പ്രിയക്ഷുതാർത്തയാണോ വഹൻപണേ പ്രതകാനുപായണം തന്റെ പത്നിയുടെ ആ അവസ്ഥ കണ്ടപ്പോ പാവം ബ്രാഹ്മണ സ്ത്രീയാണ് രാജിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥയായിട്ടുള്ളവളാണ് ഏതായാലും ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോ പലപ്പോഴും പറഞ്ഞു ഇങ്ങനെ പോയി കണ്ടുകൂടായിരുന്നു ശരി അവളുടെ വിശപ്പും ദാഹവും കണ്ടപ്പോ ജുഗുപ്സമാണോ വാസ്തവത്തിൽ ഇപ്പോ പറഞ്ഞയക്കുന്നത് ഭഗവാനെ പോയി കണ്ടാൽ വല്ലതും വാങ്ങിക്കണം എന്ന രീതിയിലാണ് അത് നിന്നയമാണ് ഭഗവാനെ പോയി കാണുന്നത് ഒന്നും വാങ്ങിക്കാനല്ല നിന്നയമാണ് എങ്കിലും തന്റെ പത്നിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പോവാൻ നിശ്ചയിക്കുകയാണ് എന്നൊരു ചോദിച്ചു എന്താ ഉപായനം കൊണ്ടുപോവുക ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം എന്തെങ്കിലും ഒരു സാധനം കാഴ്ചയായിട്ട് കൊണ്ടുപോകണ്ടേ എന്താ ദേവി കൊണ്ടുപോവുക ആ സമയത്ത് ഭാര്യ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടില് ഇന്നത്തെ കാലത്താണ് ഈ ഭാര്യ പറയും പലതുകൾ കൊണ്ടുവച്ചിട്ടോ ഒന്ന് അതൊന്നും പറഞ്ഞില്ല വേഗം ചെയ്തു വേഗം പുറത്താടി ഒരു വീട്ടിൽ ചെന്നിട്ട് നാല് പിടി അവൽ യാചിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് ഗതോയമാശ്ചര്യമയും സമേയവാൻ പ്രവിശ്യവൈഗുണ്ടമിവാനരുവധിം അങ്ങനെ ഒരു തുണിക്കഷ്ണത്തിൽ ആ നാല് പിടി അവലും കൊണ്ടുകൊണ്ട് പട്ടി പറയുന്നു ഭഗവാന്റെ അടുത്തേക്ക് പോയി സുധാമാവ് നടന്ന് നടന്ന് ഭഗവാനെ കാണുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ മുഴുവൻ കൃഷ്ണനാണ് എത്ര കാലം മുമ്പ് കണ്ടതാ ഗുരുകുലത്തിൽ പഠിക്കുന്ന പത്ത് പതിനഞ്ച് വയസ്സുകാലത്താ കണ്ടത് ഇന്നിപ്പോ ഭഗവാൻ വളരെയധികം പ്രായം വന്നു സുധാമാവും വളരെയധികം പ്രായം വന്നു ആ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടേക്ക് അന്വേഷിച്ച് എന്നപ്പോ ശൈവ്യാഗ്രഹത്തിലാണെന്ന് പറഞ്ഞു ശൈവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ നമ്മൾ എടുക്കേണ്ടത് രുക്മിണീ ഗ്രഹം അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ എടുക്കാറ് രുമിണീ ഗ്രഹം നമ്മൾ കൂടുതൽ അതിന്റെ ചിന്തയിലേക്ക് പോകേണ്ട അപ്പോ ഗ്രഹത്തിലേക്ക് പോയി എന്നാണ് ഭഗവാനാണെങ്കിലോ രുക്മിണീ ഗ്രഹത്തിൽ നിന്ന് ദൂരെ നിന്ന് കണ്ടു തന്റെ സതീർത്ഥ്യൻ കടന്നു വരുന്നത് ഭഗവാനാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു കണ്ടതും ഭഗവാൻ ചാടിയണീറ്റു അങ്ങോട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി വഴിയിൽ വെച്ച് സുധാമാവിനെ കണ്ടതും ആ ശരീരം എല്ലിന് മുകളിൽ കുറച്ച് തോല് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് കയ്യിലെന്തോ ഒരു കീരിപ്പൊളുന്ന കുടയും ഉണ്ട് ഇതൊക്കെയായിട്ട് വരുന്ന സുധാമാവിനെ കണ്ടതും ഭഗവാനതാ കെട്ടിപ്പിടിച്ചങ്ങോട്ട് ആലിംഗനം ചെയ്തു ഒരു നിമിഷ ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് ദാരിദ്ര്യത്തിലും തന്നെ വിട്ടുപിരിയാത്തൊരു മഹാത്മാവ് എത്രയോ ഉന്നതീരത്തിലെ മഹാത്മാവ് ഭഗവാൻ ശരിക്കും കൈകുപ്പി തൊഴുതുപോയ മഹാത്മാവിന്റെ മുന്നിൽ അദ്ദേഹത്തെയും കൊണ്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുവരാണ് വൈകുണ്ഠ വിവാപ നിർവൃതിയും അദ്ദേഹത്തിന് നിർവൃതി അനുഭവിക്കാൻ സാധിച്ചു ഭഗവാൻ ആ സുധാമാവിനെ പൂജിക്കുന്നു പ്രഭൂജിതം തം പ്രിയയാജവീജിതം ൃതംനം തദമർഷികനെ ഭഗവാൻ ആ കുചേരനെ കാലുകൾ കഴുകി പാത്രത്തിൽ കാലുവെച്ചുകൊണ്ട് ഭഗവാൻ തന്നെ കാലുകൾ കഴുകി തന്റെ സുഹൃത്തു നിൽ ഒരു വലിയ രാചാര്യന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ആ കാലുകൾ കഴുകിയ തീർത്ഥം ഭഗവാൻ കുടിക്കണു തന്റെ ശിരസിലടിയണു പത്നിമാര് ചോദിക്കുകയാണ് ഇത്രയധികം പുണ്യം ഈ മഹാനെന്താ ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും തോഴിമാര് വന്ന് വെഞ്ചാമരം വീശാൻ തുടങ്ങി ഭഗവാൻ പറഞ്ഞു വീശേണ്ടത് പത്നിമാര് വീശണം തന്റെ പത്നിമാരെ ആ സുധാമാവിനെ വെഞ്ചാമരം വീശിച്ചു എന്നിട്ട് ഭഗവാൻ കൈകളൊക്കെ പിടിച്ച് കൈകൾ തലോടിക്കൊണ്ട് സുധാമാവെ ഓർമ്മയുണ്ടോ ഗുരുകുലവാസം എന്ന് പറഞ്ഞ പഴയ കഥയിലേക്ക് ഭഗവാൻ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരിക്കൽ ഇന്ധനാർത്ഥം വിറക് തീർന്നു എന്ന് ഗുരുഭക്തി പറഞ്ഞപ്പോ കാട്ടിൽ പോയിക്കൊണ്ട് അവിടെ ചെന്നപ്പോ ഭയങ്കര മഴയും ആ മഴയേക്ക് പോരാൻ പറ്റാതെ അന്നവിടെ രാത്രി കാട്ടിൽ കൂടി പിറ്റേ ദിവസം പുലർച്ച സമയത്ത് സൂര്യോദയത്തിന് മുമ്പ് ഗുരു കാട്ടിൽ വന്ന് കാണുന്ന കാഴ്ച നനഞ്ഞു കുതിർന്നിരിക്കുന്ന രണ്ട് കുട്ടികൾ തന്റെ ശിഷ്യന്മാരെ കണ്ടതും ശിരസിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് അപത്തുവർഷം തതവർഷികാനനെ നിങ്ങൾ പഠിച്ചതൊന്നും മറക്കാതിരിക്കട്ടെ എന്നുമെന്നും നിങ്ങളുടെ കൂടെ പ്രശാന്തി ഉണ്ടാവട്ടെ ഇപ്രകാരം ഗുരോരനുഗ്രഹേണവ പുമാൻപൂർണ പ്രശാന്തയേ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലേ സുധാമാവേ ഇന്ന് നമുക്ക് പ്രശാന്തിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് ദരിദ്രനായ സുധാമാവിനും പ്രശാന്തിയുണ്ട് മനസ്സിന് നല്ലവണ്ണം ബാലൻസുണ്ട് സമ്പന്നതയുടെ ഉച്ചകോടിയിലിരിക്കുന്ന കൃഷ്ണനും മനസ്സിൽ നല്ലവണ്ണം പ്രശാന്തിയുണ്ട് അവര് രണ്ടുപേരും ആ ഗുരുവിന്റെ അനുഗ്രഹത്തെ സ്മരിച്ചിട്ട് എന്നെ ചോദിച്ചു എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എനിക്ക് അങ്ങയുടെ പത്നി വെറും കൈയോടുകൂടിയിട്ട് അങ്ങേ പറഞ്ഞേക്കില്ലേ എനിക്കറിയാം സാധാരണ നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആദ്യം തന്നെ എന്തു ചെയ്യും നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ബേക്കറി സാധനം വാങ്ങിച്ചിട്ട് പോവാ ആദ്യം തന്നെ എന്ത് ചെയ്യും അതവിടെ കൊടുക്കും ഇതേ ബാക്കി കാര്യങ്ങളോ കാരണം നിങ്ങൾക്കറിയാം അത് തന്നെ തിരിച്ചു വരണം എന്ന് വീട്ടിലും പ്രത്യേകിച്ച് വല്ല അതാണ് സാധാരണ രീതിയിലുള്ളത് അതിന് ഫ്രഷായിട്ടുള്ള സാധനം അത് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ പെട്ടെന്ന് ആ പാക്കറ്റൊക്കെ വിളിച്ച് നമ്മൾ തന്നെ ചേട്ടാ ഈ ഞാൻ കൊണ്ടുവന്നല്ലേ ഈശ്വരാന്ന് നമുക്കെന്നെ വെച്ചിരിക്കുന്നു അത് അത് ഷുഗർ ഉള്ളവർ ലഡു കൊണ്ട് കൊടുത്തുള്ള അങ്ങനെ ആ സുധാമാവ് കയ്യിൽ അവിൽപ്പൊതി ഉണ്ടായിട്ടും ആ അവിൽപ്പൊതി ആർക്ക് കൊടുത്തില്ല ഭഗവാന് കൊടുത്തില്ല ശരിക്കും കൊടുക്കേണ്ടതല്ലേ കൊടുത്തില്ല കയ്യിൽ വെച്ച് പിന്നെ കേരളത്തിൽ പണ്ടൊരു കവിത ആളുകൾ പാടിപ്പുകഴ്ത്തിയൊരു കവിതയുണ്ട് എന്താണ് വഞ്ചിപ്പാട്ടിന്റെ രീതിയിൽ കുചേര ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ പോകുന്ന സമയത്ത് ഉത്തമമായ പുസ്തകം കയ്യിൽ വെച്ച് അല്ലെ കൊട ചൂടിക്കൊണ്ട് പിന്നെ അവിൽ കക്ഷത്തിങ്കിൽ അങ്ങനെന്തൊരു വാക്കുകളൊക്കെ ഉണ്ട് ആ എന്തായാലും ആ കവിത ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇങ്ങനെയൊക്കെ ഭഗവാൻ ഭഗവാന് വേണ്ടി അവിൽപ്പതി കൊണ്ടുപോയിട്ട് ഈ അവിൽപ്പതിയെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൺഫ്യൂഷനുണ്ട് ചിലര് പറയുന്നത് അവിൽപ്പതി എന്നാണ് അവല് കല്ലുണ്ടായിരുന്നു ഒക്കെയാണ് എന്നിട്ട് ചിലർ പോവും സപ്താഹത്തിനൊക്കെ രണ്ട് കല്ലുട്ടുണ്ട് കടകട കണ്ട് കല്ല് സുധാമാവ് കൊണ്ടുപോയി അവില് കല്ലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പൊട്ടന്മാരുണ്ട് അതുപോലെ വൃത്തികെട്ട തുണിയിൽ പൊന്നി കൊണ്ടുപോകുന്നുണ്ട് കാരണം സുധാമാവിന്റെ ഭാര്യ കീറി ചേല കീറിയിട്ടാ കൊണ്ടുപോയത് അതാണെങ്കിൽ ആകെ ഒരു ചേലയുള്ളൂ അത്ര അവർക്ക് എല്ലാ ദിവസവും വസ്ത്രം എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഇതൊന്നാ എവിടെയൊക്കെ എക്സെപ്ഷൻ ആണേ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കൺഫ്യൂഷൻ ഇല്ലാത്ത സ്ഥലമാണ് അപ്പോ അങ്ങനെ സുധാമാവ് കൊടുക്കേണ്ട സാധനം കൊടുത്തില്ല ശരിക്കും കൊടുക്കേണ്ടതല്ലേ എന്തുകൊണ്ട് കൊടുത്തില്ല കൊടുക്കേണ്ട സാധനം ആദരണീയനായ കൃഷ്ണന് സഹപാഠിയായ കൃഷ്ണന് അതും ഈശ്വര തുല്യനായ കൃഷ്ണന് ഒരു സാധനം കൊടുക്കില്ലേ എല്ലാവരും സാധാരണ രീതി കൊടുക്കില്ലേ നമ്മളൊക്കെ അമ്പലത്തിൽ പോയാൽ അപ്പം വെച്ചു ചോദിക്കാതെ തന്നെ വയ്ക്കുന്നവരാ നമ്മൾ അപ്പോ എന്തുകൊണ്ട് സുധാമാവ് കൊടുത്തില്ല കാരണം ഭഗവാന് അവൽക്ക് അങ്ങോട്ട് അവൽ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്തെങ്കിലും ഇങ്ങോട്ട് തരുന്ന സമയത്ത് സുധാമാവ് കൈനീട്ടേണ്ടി വരും ഭഗവാനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പോയവനായിരുന്നു സുധാമാവ് ഭഗവാന്റെ ആ ഒരു അവസ്ഥ നോക്കുകപ്പോ ഭഗവാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തിനാണ് ഈ സുധാമാവ് വന്നത് ഭഗവാനാണ് യാചിച്ചത് കിം ഉപായനമാനീതം ഭവതാഗൃഹാൽ അങ്ങേടെ വീട്ടിൽ നിന്ന് അങ്ങ് വരുമ്പം എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നു ചോദിക്കുന്ന ആരോടാണ് എത്രയോ സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ ദരിദ്രനോട് ചോദിക്കുന്നു ഒരു ദരിദ്രനെ കണ്ട ചോദിക്കാൻ തോന്നോ ആരെങ്കിലും യാതകന്മാരോട് ചോദിക്കോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്കെന്താ തന്നതെന്ന് ആരും ഒരു ദരിദ്രനെ കണ്ട ചോദിക്കാനേ തോന്നില്ല ഇവിടെ സുധാമാവിനോട് ഭഗവാൻ ചോദിക്കുകയാണ് യാചിക്കുകയാണ് ഭഗവാൻ പറയും ഞാൻ യാചിച്ചത് മൂന്ന് കൂട്ടരോടാണ് ഒന്ന് വാമനമൂർത്തിയായി വന്ന് മഹാബലിയോട് യാചിച്ചു പിന്നീട് ഞാൻ യാചിക്കുന്നത് ഗോപികമാരോട് വെണ്ണയാചിച്ചു ഇപ്പോഴിതാ ഞാൻ സുധാമാവിനോട് എന്താ കൊണ്ടുവന്നതെന്ന് യാചിക്കുകയാണ് എന്നിട്ടോ യാചിച്ചിട്ടും സുധാമാവ് കൊടുത്തില്ല എന്നുള്ളതാണ് അതൊരു ധിഖാരമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു എത്ര ഈ സുധാമാവ് ഇങ്ങോട്ട് വന്നതെന്ന് പറയണോ സർവഭൂതാത്മത സാക്ഷാത് തസ്യാഗമന ചിന്തയൻ എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ചിന്തിച്ചു അത്രേ എന്തിനാണ് ഈ സുധാമാവ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പൊ മനസ്സിലായി ശ്രീകാമോ എന്നില്ലെന്തൊരു സാധനവും സുധാമാവ് പ്രതീക്ഷിക്കുന്നില്ലയാണ് അല്ലാതെ തന്നെ വളരെ സംതൃപ്തനാണ് പിന്നെ എന്തിനാ എങ്കോ ഒരു വന്നിരിക്കുന്നത് തസ്യാ പതിവ്രതായാസ്തു അദ്ദേഹത്തിന്റെ പതിവ്രതയായിരിക്കുന്ന ഭാര്യ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഭാര്യയ്ക്കാണെങ്കിലോ അല്പം സാധനങ്ങൾ കിട്ടണമെന്ന് മോഹമുണ്ട് അതുകൊണ്ട് മനുഷ്യർക്ക് ദുർലഭമായ സമ്പത്തിനെ ഞാനിത കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് ഭഗവാൻ അത കയ്യിൽ നിന്നും അവിൽപ്പൊരി തട്ടിയെടുക്കാൻ നിശ്ചയിച്ചു Hare Narayana Hare Narayana Hare Narayana Hare Narayana Hare Narayana Hare Narayana Hare Narayana Hare Narayana Hare Narayana Hare Narayana ായണ സർവത്ര ഗോവിന്ദമസീതനം ഗോവിന്ദ ഗോവിന്ദ ഇപ്രകാരം ഭഗവാൻ ഹൃദകം പ്രഹിഷ്യ മുഷ്ടോ സദാ ചിതേത്തയാ ഭഗവാൻ ചാടിയിണീക്കുന്നു ആ സുധാമാവിന്റെ കയ്യിൽ നിന്നും അവിൽപ്പൊതിയെ വലിച്ചെടുത്തു എന്നിട്ട് കെട്ടഴിച്ചുകൊണ്ട് അതിൽ നിന്നൊരു മുഷ്ടോ ഒരു പിടി അവലെടുത്തുകൊണ്ട് പറയുന്നു ഓ ഇത്ര ഇഷ്ടപ്പെട്ടൊരു സാധനം ഇത്രയധികം നല്ലൊരു സാധനം ഞാൻ കഴിച്ചിട്ടില്ലല്ലോ സ്വഭാമാവേ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടാമതൊരു പിടിയെടുത്തതും ഭഗവാന്റെ കൈകളെ രുമിണി ദേവി പിടിച്ചു വെച്ചുതാണ് കാരണം ഭഗവാൻ രണ്ടാമത്തെ പിടിയെടുക്കുന്ന സമയത്ത് അവിലല്ല ഭഗവാൻ കഴിക്കുന്നത് അവൽ കഴിക്കുന്നുവെന്ന വ്യാജേന സമ്പൽ സമൃദ്ധികളെ മുഴുവൻ സുധാമാവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം രുക്ണി ദേവി മനസ്സിലാക്കിയതും തന്നെപ്പോലും ഭഗവാൻ സുധാമാവിന് ദാസ്യവേല ചെയ്യാൻ പറഞ്ഞയക്കാൻ തയ്യാറാവുന്നു എന്ന് കണ്ടതും സുധാമാവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് സുധാമാവിന്റെ അവര് കഴിക്കാൻ പിന്നെ സമ്മതിച്ചില്ല എന്നിട്ടോ ഭഗവാൻ അവിടെ ഇന്ന് ഭക്തേ ഭക്തേന സമാനിതസ് അനുഗ്രഹ അന്ന തമാശകളും കഥകളും പറഞ്ഞ രാത്രി അവർ കഴിച്ചുകൂട്ടി ഭക്തേഷ ഭക്തേനു തയാമാനിത ഭഗവാനാൽ ആദരണീയനായി പൂജിതനായി അത്യന്തം പരമ സന്തോഷത്തിൽ അന്നത്തെ ദിവസം അവർ കഴിഞ്ഞു പിറ്റേ ദിവസം ഭഗവാനെണീക്കുന്നതിന് മുമ്പ് തന്നെ സുധാമാവ് എണീറ്റുകൊണ്ട് പുര്യാ മേകദിശ മഹാസുധൻ വശൻ അവയിലൊരു ദ്രവിണം പിന്നായോപ്യത അവിടുന്ന് ഒരു സാധനം വേടിക്കാതെ തന്നെ സുധാമാവ് ഇറങ്ങി തിരിച്ചു കാരണം ഭഗവാനെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ വിളിച്ചു വല്ലതും കൊടുക്കുമെന്ന് കരുതിയിട്ട് ഒന്നും വാങ്ങിക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി നമുക്ക് തോന്നുന്നു അങ്ങനെ വരാൻ ഭഗവാനെ കണ്ടിട്ടും ഒരു വാക്ക് പറഞ്ഞിട്ട് വരണം എന്നെ വിചാരിക്കുക അതൊന്നും ആര് കാത്തു നിന്നില്ല സുധാമാവ് കാത്തു നിന്നില്ല എന്നിട്ടോ ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയൊക്കെയാണെന്നുള്ള പറയാൻ പറ്റില്ലല്ലോ ീരാസ്മിതമീ പുന ക്രമാതന്മതി പ്രമാലയം ഈ ഒരു വരി ഭാഗവതത്തിൽ ഇല്ലാത്തൊരു വരികളാണ് ഭട്ടതിരിപ്പാട് സ്വന്തം മനോരഥത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു വരികളാണ് പറയാണ് യതി അയാരിശിസ്യം തർഹി അച്യുത അദാസ്യാൻ ചോദിച്ചിരുന്നുവെങ്കിൽ അച്യുതൻ തരുമായിരുന്നു ഭാഗവതത്തിൽ അങ്ങനെ ഒരു വരികളേയില്ല ഭട്ടതിരിപ്പാട് കുറച്ചൊന്ന് സുധാമാവിനെ ഒന്ന് ഒരു നെഗറ്റീവായി ചിന്തിപ്പിച്ചു എന്ന് സംശയമുണ്ട് ഈ വരി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വരിയാണ് നാരായണീയത്തിലെ കാരണം പട്ടതിരിപ്പാട് വ്യാസഭഗവാൻ കണ്ട ഒരു സുധാമാവിനെയല്ല ഇവിടെ കാണുന്നത് സുധാമാവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല ഭാഗവതത്തിൽ പറയുന്നത് സുധാമാവിന്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്താ ഒരു കാരുണ്യം നോക്കൂ ഗുരുവായൂരപ്പന്റെ അതനോയം ധനം പ്രാപ്യമാദ്യം ചെയ്യുന്ന മാ സ്മരയിൽ ഇത് കാരുണികോ നോനം ധനം നാഥതാൽ ഗുരുവായൂരപ്പന്റെ ഒരു കാരുണ്യം നോക്കൂ എനിക്കെങ്ങാനും ധനം തന്നാൽ ഞാൻ ഭഗവത് സ്മരണത്തിൽ നിന്ന് വിട്ടുപോവോ എന്ന് കരുതി എനിക്കൊന്നും തന്നില്ല ഭഗവത് സ്മരണത്തിനേക്കാൾ വലിയൊരു ധനം അങ്ങേക്ക് വേണ്ട സുധാമാവേ എന്ന് എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു ഭഗവാൻ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു സുധാമാവ് ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഏതുപോലെ ഞാൻ ചോദിച്ചിരുന്നു എങ്കിൽ ായിരുന്നു ഇങ്ങനെയൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഏതായാലും പുനത്വതുക്തി പട്ടതിരിപ്പാടിന് അറിയാം ഒരിക്കലും സുഹത്രകാരനല്ല എന്നുള്ളത് അതുകൊണ്ട് ഉടനെ തന്നെ മാറിക്കൊണ്ട് പറഞ്ഞു പുനത്വതുക്തി ലീലാസ്മിതം മഗ്നതീ ഭഗവാൻ കാണിച്ച ഓരോ ഉപചാരങ്ങളിൽ കാലി വഴുകിക്കുന്നു കുടിക്കുന്നു വെഞ്ചാവനം കൊണ്ട് വീശിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതിൽ തന്നെ മനസ്സ് നിമഗ്നമായിട്ട് തന്റെ കൊട്ടാര വീട്ടിലേക്ക് എത്തിച്ചേർന്നു അവിടെയാണെങ്കിലോ ംശ ഇരിഭ്രമ്രവിഷ്ടഭൂഷിതാംരു മഹാത്ഭുതം പൊളിഞ്ഞു വീഴാറായ വഴി വീട് തീരെ ആരുപയോഗിക്കാത്തതായ ഒരു വഴി പുല്ലും കാടും നിറഞ്ഞിരിക്കുന്ന വഴി ഇന്നതാ നല്ല വീതിയുള്ള റോഡ് വലിയ കൊട്ടാരങ്ങൾ ആ കൊട്ടാരത്തിന് ഒരു കോട്ടമതിൽ വലിയ വാതിലുകള് കോട്ടവാതിലുകള് ഇതെല്ലാം കണ്ട് സുധാമാവിന് മനസ്സിലായി വഴിതെറ്റീന്ന് തിരിച്ചു പോവുക എന്നെ അധികം തിരിച്ചു പോവാ നേരത്തെ പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു ബ്രഹ്മൻ നിൽക്കൂ സുധാമാവിന്റെ ഭാര്യ സുധാമാവിനെ വിളിക്കാറ് ബ്രഹ്മൻ എന്നാണ് തിരിഞ്ഞു നോക്കിയപ്പോ മുഖം മാത്രം തന്റെ ഭാര്യയുടേത് ശരീരമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ആള് ബൂസ്റ്റായിട്ടുണ്ട് കഴുത്തിലൊക്കെ ഒരുപാട് മാലകള് പലതരത്തിലുള്ള താലികളും പൂത്താലികളും പട്ടണങ്ങളും പട്ടണങ്ങളും പലതരത്തിലുള്ള ലക്ഷ്മിമാല മറ്റേമാല മുത്തമാല കൈകളിലൊക്കെ ധാരാളം കടകവളകൾ കൈയ്യൊന്നും കാണാനേ ഇല്ല നേരത്തെ എല്ലാം ഇങ്ങനെ കാണുമായിരുന്നു ഇപ്പൊ വള മാത്രമേ കാണുന്നുള്ളൂ ഉടുത്തിരിക്കുന്ന സാരിയാണെങ്കിൽ വളരെ പട്ട് ഉടുത്തിരിക്കുന്നു തലയിലൊക്കെ സ്വർണത്തിന്റെ വെച്ചിരിക്കുന്നു ഇങ്ങനെ കണ്ണൊക്കെ നല്ലോണം നീട്ടി എഴുതിയിട്ടുണ്ട് എന്തോ ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടില്ല ഇങ്ങനെയുള്ളൊരു ഭാര്യയെ കള്ളപ്പോ സുധാമാവോ ഞെത്തി ശരി അത് വന്നു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ഇന്നലെ രാത്രി സംഭവിച്ചു എന്ന് എങ്ങനെ ഞങ്ങൾ രാത്രി ഞാൻ കിടന്നുറങ്ങിയതാണ് രാവിലെ എണീക്കാൻ നേരത്തുണ്ട് രണ്ട് സ്ത്രീകൾ അടുത്തിരുന്നു ഇങ്ങനെ വെഞ്ചാമരം വീശണു ഇവിടെ വീശാൻ പോയിട്ട് എണീക്കാൻ തന്നെ പറ്റാത്ത ആളാണ് രണ്ടുപേരിരുന്ന് വീശണു അത് കഴിഞ്ഞ് അവിടെ നിങ്ങട്ട് എണീക്കുന്ന നേരത്തെ ഒരു തിപ്പതുക്കെ എണീപ്പിച്ചു അപ്പോഴീ ശരീരമൊക്കെ ഇങ്ങനെ മാറിയിട്ട് എനിക്ക് തോന്നി അസുഖം വന്ന് വീർത്തതാണോ എന്ന് അത്ര ശരീരത്തിന്റെ രൂപഭാവമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരുത്തി ചോദിക്കുന്നുണ്ട് ഏതെണ്ണയ കുളിക്കാനെടുക്കേണ്ടതെന്ന് വേസ്റ്റ് ചെയ്തെടുക്കണമെന്ന് ചുടുവെള്ളം വേണോ തടുത്ത വെള്ളം വേണോന്ന് വേറൊരുത്തി ചോദിക്കേണ്ടത് സാരി ഏതാ എടുക്കേണ്ടതെന്ന് വേറെ ഒരു ചോദിക്കേണ്ട ഏതൊക്കെ ആവരണങ്ങൾ എന്താണ് ഞാൻ ഞെട്ടി ബോധം കെട്ട് വീണ്ടതായിരുന്നു അവർ താങ്ങി വീട്ടിൽ മുഴുവൻ സാധന സാമഗ്രികൾ ലഹള അപ്പോഴേക്ക് അടുക്കളയിൽ നിന്നുണ്ട് ശബ്ദം കേൾക്കണോ കോഫിയോർ ടീന്ന് ചോദിച്ചിട്ട് ം ഇപ്രകാരമൊക്കെ സമ്പൽ സമൃദ്ധിയിൽ അങ്ങോട്ട് ഉയർന്നു നിൽക്കണമെന്ന് അത്രയും അനുഗ്രഹീതമായി തീർന്നു സുധാമാവിന്റെ വീട് എന്നിട്ടോ സരത്നശാലാസു വസന്നബി സ്വയം സമുന്നമൽ ഭക്തിപരോമൃതയോ ത്വമേവമാരിത ഭക്തവഞ്ചിതോ മരുപുരാതീചരസ്വമേക ആ രക്തമയമായിരിക്കുന്ന കൊട്ടാരത്തിൽ വസിക്കുമ്പോഴും രക്തശാലാസു വസന്നബി അങ്ങനെയൊക്കെയാണെങ്കിലും സമന്നമൽ ഭക്തി പരോമൃതം യണോ അദ്ദേഹത്തിന് ഭക്തി കൂടി വന്നു എന്നല്ലാതെ ഒരിക്കലും ഭക്തി കുറഞ്ഞില്ല ഭഗവാനോടപ്പോഴും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭാഗവതത്തിൽ പറയും ഭഗവാനെ ഇനിയും എനിക്ക് തരികയാണെങ്കിൽ തരേണ്ടതായിട്ടുള്ളത് ഞാൻ ഇനിയും ഇവിടെ വരാൻ തസൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം മഹാനുഭാവേനു ഗുണാലേന വിഷജ്ജതത്തിൽ പുരുഷപ്രസംഗ മേ സൗഹൃദ സഖ്യമൈത്രി ഇനിയും എനിക്ക് ജന്മങ്ങൾ തന്നോളൂ കൃഷ്ണ അതും എങ്ങനെയുള്ള ജന്മം ദരിദ്രന്റെ ജന്മം തന്നോളൂ കൃഷ്ണ അതിലെല്ലാം എനിക്ക് തരേണ്ടത് തേ സൗഹൃദ സഖ്യമൈത്രി എനിക്കങ്ങയോട് സൗഹൃദവും സഖ്യവും മൈത്രിയും ഉണ്ടാവണം അത് കിട്ടണമെങ്കിൽ വേണം മഹാനുഭാവേന ഗുണാലേന സജ്ജനങ്ങളുമായി സമ്പർക്കം കുട്ടിക്കാലത്തെ ഉണ്ടായിക്കൊണ്ട് പുരുഷപ്രസംഗ അങ്ങയുമായി ഞാൻ സംഘം ചെയ്തുകൊള്ളാം ഇപ്രകാരം ഇനിയും ദരിദ്രജന്മം തരാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമ്പൽ സമൃദ്ധിയിലിരുന്ന വ്യക്തിയാണ് ആര് സുധാമാവ് അദ്ദേഹത്തിന് ഇനി ജന്മമെടുക്കാൻ പ്രയാസമില്ല പക്ഷേ ആ ജന്മങ്ങളിലൊക്കെ വേണ്ടത് ഭഗവാനുമായിട്ടുള്ള ഒരു സൗഹൃദ സഖ്യം വേണ്ടത് ഇതുപോലെ നമ്മളുണ്ടല്ലോ ജീവിതം ധന്യമാക്കണമെങ്കിൽ അവസാനം തിരിച്ചറിയേണ്ടത് സുഖാമാവിനെപ്പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ധന്യധന്യോഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മനസ്സിന് കൃതാർത്ഥത വരണമെങ്കിൽ മനസ്സെപ്പോഴും ശക്തിയിലും ധൈര്യത്തിലും ജീവിക്കണം അത് കിട്ടണമെങ്കിൽ കൂടെയെപ്പോഴും ഭഗവാനുണ്ടെന്ന ബോധം വേറെ ഒന്നും നമുക്ക് ശക്തി തരില്ല തളർത്തുകയുള്ളൂ അതൊക്കെ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും പക്ഷെ ശാശ്വതമായി അതൊക്കെ നമ്മളെ തളർത്തിയിരിക്കും കാരണം പ്രകൃതിയുടെ സ്വഭാവം അതാണ് ഒറ്റപ്പെടണമെന്നത് പ്രകൃതി തലയിലെഴുതി വെച്ചിരിക്കുന്നു അവസാനം നമ്മൾ ഒറ്റപ്പെടാൻ ബാധ്യസ്ഥരാണ് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ നോക്കൂ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങൾ കൂടെ ആര് കിടക്കും ഒറ്റയ്ക്ക് തന്നെ കിടക്കണ്ടേ ഡോക്ടർമാർ വരാം നേഴ്സുമാർ വരാം ആശ്വസിപ്പിക്കാം പക്ഷേ അവിടെ കിടക്കുന്ന മനസ്സ് അതൊറ്റയ്ക്ക് തന്നെയാണ് അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ദുഃഖിക്കാൻ എപ്പോൾ വേണമെങ്കിലും സാധിക്കും എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് തളരേണ്ടി വരില്ല സുധാമാവ് ഗുരുവായൂരപ്പന്റെ സുഹൃത്തായിട്ട് പോലും സുധാമാവിന് എന്തും ചോദിക്കാൻ സാധിക്കുന്ന ആളായിട്ട് പോലും ഭഗവാനിൽ നിന്ന് ചോദിക്കുന്നത് എനിക്ക് സമ്പൽ സമൃദ്ധിയല്ല വേണ്ടത് സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർ ജന്മനി ജന്മനുസ്യാൽ ഇനിയും ജന്മങ്ങൾ തന്ന് ആ ജന്മങ്ങളിലെല്ലാം ഭഗവാന്റെ സഖ്യമൈത്രി ഇത് തന്നെ എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച മഹാനാണ് ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗം ഉപസമരിപ്പിക്കുന്നു നമ്മൾ സുധാമാവിനെ പോലും ഭക്തനാവാൻ ശ്രമിക്കുക എന്നാൽ സുധാമാവിനെ പോലുള്ള ഭക്തനാവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കാത്ത ഒരു ഭാഗത്തിരുന്ന് ആ ഒരു പരാതികളും ഇല്ലാത്ത ഡിമാൻഡുകളും ഇല്ലാത്ത മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭക്തനായി തീരാൻ നമുക്ക് സാധിക്കണം ഇത്രയും പറഞ്ഞ് ഇവിടെ ഉപസമരിപ്പിക്കുന്നു അർജുനൻ ഒരു ബ്രാഹ്മണന്റെ പുത്രനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ബ്രാഹ്മണ ബ്രാഹ്മണന്റെ പുത്രന് ജന്മം കൊടുക്കാമെന്ന് പറഞ്ഞ് ബ്രാഹ്മണനെ സഹായിക്കാൻ നിശ്ചയിച്ച സന്താനഗോപാലം എന്ന് പറയുന്ന ലീലയാണ് അതാണ് എൺപത്തിയെട്ടാമത്തെ ദശകം പ്രാഗേവാചാര്യപുത്രമനയാ സ്വീയഷ്യ മാധുരുത്യാ സുതലപോവലിംസ്തം ിതകശി ഭഗവാൻ കംസഭാൻയ പൂർവപു ആചാര്യനായ ഗുരുവായ സന്ദീപരി മഹർഷി ഗുരുദക്ഷിണയായിട്ട് ഗുരു പുത്രനെ വേണമെന്ന് പറഞ്ഞപ്പോ ആ പുത്രനെ കൊണ്ടുകൊടുത്തു എന്ന വാക്ക് വാർത്ത കേട്ടപ്പോ അമ്മയ്ക്കും ഒരു മോഹം എന്താണ് തന്റെ പുത്രനെയും ഒന്ന് കാണണം മരിച്ചുപോയ ആറ് കുട്ടികളുണ്ടല്ലോ അവരിന്ന് കൃഷ്ണ കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ സുതലഭുവിംബലിം പ്രാപ്യ അവിടുന്ന് സുതലത്തിൽ പോയി മഹാബലിയിലെടുത്തിയെന്ന് അവിടുന്ന് ഭഗവാന്റെ സഹോദരന്മാരായെന്ന രേഷന്മാരെ ആറുപേരെയും കണ്ട് പൂർവപുത്രാന്തൂ അവരെ കൊണ്ടുവന്നു എന്താ അവർക്കിങ്ങനെ കംസന്റെ കൈകൊണ്ട് മരണം സംഭവിക്കാൻ ഇടവന്നത് കാരണം ഹിരന്യാസിത കശിപു ഭഗവാൻ ശൌരിജാൻ കംസഭഗ്നാൻ അവര് മക്കളായിരുന്നു എന്ന് മാത്രല്ല അന്ന് പ്രഹ്ലാദൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സജ്ജനങ്ങളോടായിരുന്നില്ല സമ്പർക്കം ദുഷ്ടജനങ്ങളോടായിരുന്ന സമ്പർക്കം അതിന്റെ ഫലമാണ് എന്ത് കിട്ടിയത് നമ്മൾ ഒരാൾ ദുഷ്ടത ചെയ്യുന്നവരോട് നമ്മൾ സഹകരിക്കുമ്പോൾ ആ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്നതിനുള്ളൊരു പാപം നമുക്കും ഉണ്ടായിരിക്കുന്നതാണ് അതാണല്ലോ ഈവൻ ക്രിമിനൽ ലോയിലും അങ്ങനെയാണല്ലോ ഒരാൾ കൊല്ലുന്ന ആൾക്കുള്ള ശിക്ഷ കൊല്ലാൻ പ്രേരിപ്പിക്കുകയും കൂട്ടുനിൽക്കുന്ന ആൾക്ക് തുല്യ ശിക്ഷ കൊടുക്കണമെന്നാണ് ഇന്ത്യൻ ക്രിമിനൽ കോഡ് പറയുന്നത് അതുപോലെയാണത് പ്രകൃതിയുടെ നിയമമാണ് തെറ്റ് ചെയ്യുന്നവന്റെ കൂടെ നമ്മൾ കൂടിയാൽ അവന് കിട്ടേണ്ടെന്നൊരു ശിക്ഷയുടെ ഒരു ഭാഗം ആ തെറ്റിൽ കൂട്ടുനിന്നുള്ള ഒരു തെറ്റിന് നമുക്കും കിട്ടുന്നവരാണ് ഇവിടെ ആ കുട്ടികൾക്ക് കംസന്റെ കൈകൊണ്ട് ഭരണം അങ്ങനെ സംഭവിക്കേണ്ടി വന്നു ഏതായാലും അവർക്കെല്ലാം അവരെല്ലാം ഭഗവാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അമ്മ അവരെയൊക്കെ മുലയൂട്ടിന്നാണ് ഇതൊന്നും നമുക്കവിടെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അന്ന് അമ്മയ്ക്ക് നൂറു വയസ്സുണ്ട് ആ സമയത്ത് പാലോട്ടി എന്നും അവർക്ക് അമ്മയ്ക്ക് മുലപ്പാൽ വന്നു എന്നും അവരൊക്കെ പിന്നീട് വൈകുണ്ട ലോകത്തിലേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെയാണ് കഥ ഓട്ടെ ഏതായാലും ഭഗവാൻ ഇത്തരം ബിസിനസ് നിർത്തിവെച്ചു ഏത് മരിച്ചുപോയവരെ കാണിച്ചു കൊടുക്കുന്ന ബിസിനസ് അല്ലാതെ തന്നെ അവിടെ പോപ്പുലേഷൻ വളരെയധികം ഇനി മരിച്ചുപോയാലും കൂടി കാണിച്ചു കൊടുക്കേണ്ടതുണ്ടോ മനസ്സിലായില്ലേ ഇനി ആ മിസ് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മതി എന്തോ ഭഗവാൻ ആ അക്കൌണ്ടുകളൊക്കെ ക്ലോസ് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പാർക്കും അതൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഭഗവാൻ പറയും ജീവിച്ചിരിക്കുന്നവരോട് നോക്കണം ചത്തവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം അപ്രകാരം അത് കഴിഞ്ഞു പിന്നീണോ പണ്ട് ഭഗവാന്റെ ഭക്തന്മാരായി ദ്വാരകയിലെ ശ്രുതദേവനെന്നും ബഹുലാശനെന്നും രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരെയും ഒരേ സമയത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് യുഗപന്യേനൃത്തിയം പ്രസേദിത ഒരേ ദിവസം ഒരേ സമയം രണ്ടു രൂപങ്ങൾ എടുത്തുകൊണ്ട് യുഗപദ് ഗൻ രണ്ടുപേരും ഭഗവാനെ വളരെയധികം ആധരവാൽ സ്വീകരിച്ചുകൊണ്ട് പൂജിച്ചു എന്നാണ് രണ്ടുപേർക്കും ഭഗവാൻ മുക്തി ചെയ്യാൻ ഗ്രഹിച്ചു എന്നിട്ടോ ഭൂയോദദ്വാരവത്യാം നിജതനയമൃതി തൽപ്പലാപാന വിത്തും കോവാ ദൈവം നിരുന്ദ്ധ്യ ഇതികിലകതയൻ വിശ്വവോടോപ്യസോടാ ജിഷ്ണോ ഗവം വിനീദം ത്യ്യമനുജതിയാ കുണ്ഡിതാ ചാസ്യബുദ്ധിം തരുൂഢം വിതാദം പരമനോദ പ്രഷണേതിമന്യേ അങ്ങനെ ഒരിക്കല് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന കാലം യിലുള്ളൊരു ബ്രാഹ്മണന് ഉണ്ടാവുന്ന കുട്ടികളെല്ലാം മരിക്കാൻ തുടങ്ങി ആദ്യത്തെ കുട്ടി മരിച്ചു രണ്ടാമത്തെ കുട്ടി മരിച്ചു ഓരോ പ്രാവശ്യവും ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഭഗവാൻ പറയും കർമ്മഗതി തടുക്കാൻ സാധ്യല്ല അങ്ങനൊക്കെ അനുഭവിക്കേണ്ടതാണ് അതുകൊണ്ട് ബ്രാഹ്മണ എല്ലാം ശരിയാവും കാത്തിരിക്കൂ ഈ പ്രതീക്ഷകൾ ബ്രാഹ്മണൻ പത്നിയോട് പറയും വീണ്ടും പക്തി പ്രസവിക്കും ആ കുട്ടിയും മരിക്കും ശരിയാവും ബ്രാഹ്മണ കർമ്മഗതിയാണ് കർമ്മവിധിയെ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ആശ്വസിപ്പിക്കും ഇതെന്തിനു വേണ്ടിയിട്ടാണ് ജിഷ്ണോർ ഗർവം വിനേതും എനിക്ക് തോന്നുന്നു അർജുനന്റെ ഗർവത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ തൊയ് മനുഷ്യ അങ്ങേ ഒരു മനുഷ്യനായി മാത്രം അവൻ കാണുന്നതുകൊണ്ട് അതിലുള്ള വിഷമം കൊണ്ട് അവനെ അനുഗ്രഹിക്കാൻ തത്വാരോടം അങ്ങയുടെ തത്വം അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്രകാരം ചെയ്തതെന്ന് ഞാൻ മന്യെ കരുതുന്നു ഭഗവാനെ എന്നിട്ട് അഷ്ടാസ്യപുത്ര പുനരവിതവതുപേക്ഷയാ കഷ്ടവാ അഷ്ടോജാ ജനാമതമസേ നാരകാമാരവാർത്ത മൈത്ര തത്രോഷിദോസൗ നവമതുധമൃതൗ വിപ്രവര്യ പ്രോദം ശുവാചക്രേ പ്രതിജ്ഞാ അനമഗതസുധ സന്നിവേക്ഷേ കൃശാനും അഷ്ടപുത്ര നഷ്ട എട്ടാമത്തെ പുത്രനും നഷ്ടപ്പെട്ടു അവിടെ ചെന്ന് പോയ കർമ്മമാണ് ബ്രാഹ്മണ ശിരിയാവും ബ്രാഹ്മണ ഉപേക്ഷയാ ഭഗവാൻ വിട്ടു അത് വളരെയധികം വേദനയുണ്ടാക്കി ബ്രാഹ്മണന് അത് കഴിഞ്ഞ് ഒൻപതാമത്തെ കുട്ടി നഷ്ടപ്പെട്ട സമയത്ത് ഭഗവാൻ തന്നെ സഹായിക്കുന്നില്ല എന്ന് കണ്ടപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു ഭഗവാന്റെ ഒരു മനസ്സായിക്കഴിഞ്ഞല്ലോ ഒരു ബ്രാഹ്മണനോട് പോലും കൃപയില്ലേ കാരുണ്യമില്ലേ ദയയില്ല എന്താവൂ ഭഗവാൻ എന്നോട് ഇങ്ങനെ പരീക്ഷണം ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ വന്നു ക്ഷത്രിയന്മാരാണത്രേ ഇങ്ങനെയാണോ ബ്രാഹ്മണർക്ക് കഷ്ടപ്പാടുണ്ടാക്കിയതാണോ രാജ്യം ഭരിക്കുക ഒരു ബ്രാഹ്മണന്റെ ദുഃഖം അകറ്റാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അർജുനൻ കടന്നു വന്നിട്ട് പറഞ്ഞു ഹേ ബ്രാഹ്മണ ഞാൻ കൃഷ്ണനും രാമനും ഇവിടെ വേറെയും ക്ഷത്രിയരുണ്ട് എന്റെ പേര് അർജുനനാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഗാന്ഡീവമാണ് നിന്റെ അടുത്ത കുട്ടിയെ ഈ ക്ഷത്രിയം രക്ഷിച്ചിരിക്കുന്നത് ബ്രാഹ്മണനൊരു നോട്ടം ഇവിടെ കൃഷ്ണനും രാമനും വിചാരിച്ചു നടക്കാത്ത കാര്യം അർജുനൻ വന്നിട്ട് ചെയ്യാൻ പോണു അത് കേട്ടപ്പോ അർജുനൻ സഹിച്ചില്ല പ്രതിജ്ഞ അർജുനൻ പ്രതിജ്ഞ ചെയ്തു എന്താണത്ര പ്രതിജ്ഞ സന്നി വേക്ഷേ കൃശാനം പത്താമത്തെ കുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ശരീരം ഉപേക്ഷിക്കുന്നു ഇത് കേട്ടപ്പോ ബ്രാഹ്മണന്റെ സന്തോഷമായി എന്താ സന്തോഷം രണ്ടിലൊന്നും ഉറപ്പായി ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ കുട്ടി ഇതുവരെ ഓരോ ഉറപ്പായുള്ള കുട്ടി പോകുന്നുള്ളത് ഇപ്പൊ രണ്ടുപേരെ ഉറപ്പായല്ലോ ഏതെങ്കിലും ഒന്നും നടക്കുന്നുള്ളത് സന്തോഷത്തോടുകൂടി ബ്രാഹ്മണൻ പോയി എന്നിട്ടോ മാനീസത്വാമപൃഷ്ഠ ദജനിലയകൂ ബാണജാലേ മഹാസ്ത്രീ രുനസൂദിഗേഹം പുരരപനഷ്ടേ കുമാരീ യാമ്യ മൈന്ദ്രിം തദ്യ സ്വരവരനഗരീ വിദ്യയാസാദ്യസദ്യോ അങ്ങനെ അർജുനൻ പറഞ്ഞ പ്രകാരം രാമണൻ പത്നിയോട് പറഞ്ഞു ഡേയ് അർജുനൻ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ എന്ന് വീണ്ടും ഭാര്യ ഗർഭിണി അർജുനൻ എഴുതി പ്രിയപ്പെട്ട അർജുനൻ എത്രയും വേഗം പുറപ്പെടണം ഭാര്യ പ്രസവിക്കാറായി അർജുനൻ എത്തി അമ്പും വില്ലൊക്കെ ഇട്ട് പ്രത്യേകം ട്രീറ്റ്മെന്റൊക്കെ ഉണ്ട് കാരണം ഗർഭം രക്ഷിക്കാൻ വന്നതാ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എങ്ങനെയൊന്നും വന്നിട്ടുമില്ല അർജുനൻ വീടൊക്കെ നോക്കി പറഞ്ഞു ഇവിടെ പ്രസവിച്ചാൽ ശരിയാവില്ല പിന്നെ അവിടെ പ്രസവിക്കും പ്രത്യേക മുറി വേണമെന്ന് പ്രസവവേദന അടിത്തരത്തി അർജുനൻ തന്നെ അമ്പുകൊണ്ടൊരു മുറി ഉണ്ടാക്കി കൊടുത്തു സൂദീഗൃഹം എന്നിട്ടോ ബാണജാലേ മഹാത്രേരുന്ദൂതീഗൃഹം ഒരു വീട് അമ്പുകൊണ്ടുണ്ടാക്കി കൊടുത്തു എന്നിട്ട് പത്നിയോട് ബ്രാഹ്മണ പത്നിയോട് പറഞ്ഞു ദൈ പ്രസവം അവിടുന്നാവട്ടെ എന്ന് ബ്രാഹ്മണ പത്നിക്കും പ്രതീക്ഷയി കാരണം പ്രസവവാർഡ് ആദ്യമായിട്ടാണ് അർജുനൻ കൊടുക്കുന്നത് ഈ പ്രാവശ്യം പ്രസവം പ്രസവവാർഡിൽ വെച്ചത് തന്നെ അവിടെ ചെന്നു പ്രസവിക്കേണ്ട സമയമെടുത്തു പ്രസവം വന്നതും ബ്രാഹ്മണ സ്ത്രീ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ബ്രാഹ്മണനകത്തിയെന്ന് നോക്കിയപ്പോ ബ്രാഹ്മണ സ്ത്രീ പറയാണ് വേദന വന്നു പിന്നെ ഒന്നും കാണാനില്ല സാധാരണ പ്രസവവേദന വന്ന് കുട്ടി പുറത്തു ഇപ്പോ കുട്ടിയേ വന്നിട്ടില്ല കുട്ടിയെ കാണാതെ വന്നപ്പോ അത്യന്തം കോപിഷനായി ബ്രാഹ്മണൻ അർജുനനോട് ചെന്ന് പറഞ്ഞു നീ എന്താ പറഞ്ഞത് കൃഷ്ണനല്ല രാമനല്ല എന്ന് ഒന്ന് മനസ്സിലായി ശവം കൂടി നിനക്ക് തരാൻ പറ്റില്ല എന്ന് അവർക്ക് ശവമെങ്കിലും തരാൻ നീ കാരണം എന്റെ കുട്ടിയുടെ ശവം പോലും എനിക്ക് കാണാൻ സാധിക്കാതെ വന്നു ദേഷ്യം കൊണ്ട് അർജുനൻ എന്റെ കുലുക്കൊക്കെ നീയൊക്കെ ക്ഷത്രിയനായിട്ടിരുന്നിട്ട് എന്ത് കാര്യം പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞതും അർജുനൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അർജുനൻ വിചാരിച്ചു ഈ കൂടാരത്തിൽ എന്തായാലും കുട്ടി വരുന്ന അർജുനൻ അവിടുന്ന് സൂക്ഷ്മരൂപത്തെടുത്ത് യാതന്യാസുരവര നഗര് വിദ്യയാ അസാധ്യോ സാധ്യോ അർജുനൻ പല സൂക്ഷ്മരൂപങ്ങൾ എടുത്തുകൊണ്ട് പല ലോകങ്ങളിലും പോയി നോക്കിയപ്പോ അവിടെ ഒന്നും ബ്രാഹ്മണപുത്രനെ കാണാനില്ല മോകാദ്യോഗം പരാജയപ്പെട്ടു തിരിച്ചു വന്നു നോക്കുമ്പോ ബ്രാഹ്മണൻ വലിയ വലിയ വലിയ വിറകുകഷ്ണം കൂട്ടിയിട്ടിരിക്കുന്നു അർജുനന് മനസ്സിലായി തീയും കയ്യിൽ വെച്ചിട്ടുണ്ട് അതിന് തീ കൊളുത്തിയ ബ്രാഹ്മണൻ ഇനിയിപ്പോൾ അടുത്ത വഴി അഗ്നിയിലേക്ക് ചാടലാണ് അന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു മേലാൽ പ്രസവ കേസ് തൊടില്ലാന്ന് അർജുനന്റെ കാലം മുതലാണത്രേ ആൺകുട്ടികളൊക്കെ ഗൈനക്കോളജിസ്റ്റുകളാവാൻ തുടങ്ങിയത് അതുവരെ ആരും ആ ഫീൽഡ് തൊടില്ലിയിരുന്നു ഏതായാലും അർജുനൻ ചാടാൻ നിൽക്കുമ്പോഴേക്കും പുറകുന്ന ഒരാൾ വലിച്ചു പുറത്തിട്ടു ആര് ഭഗവാൻ തന്നെ എന്നിട്ടോ സസ്മിതം പുഞ്ചിരിച്ചുകൊണ്ട് എന്നിട്ടോ ലോകാലോകം വ്യതീതര മദോ ചക്രം നിരുന്ദൻ ചക്രാംശുശിഷ്ടദൃഷ്ടിം സ്ഥിരമതവിജയം പശ്യവശീതി വാരം പാരേ ം വ്യാധദർശമീതമസാ ദൂരദൂരം പതന് തേ അങ്ങനെ അർജുനനെ കൊണ്ട് പൃഥിവിരഥത്തിൽ കയറിക്കൊണ്ട് അതിജീവിനാ അതിവേഗതയുള്ള സെന്തനെ കയറിക്കൊണ്ട് ലോകാ ലോകം ആ രഥം ഇങ്ങനെ പറന്നു പോവാൻ തുടങ്ങി ലോകങ്ങളെല്ലാം കടന്ന് കടന്ന് ചക്രദാംനാനിരുന്ധൻ അപ്പോഴേക്കും ഘോരമായ അന്ധകാരം ഭഗവാൻ സുദർശന ചക്രത്തെ അന്ധകാരത്തെ നീക്കി പിന്നീട് അർജുനൻ അവിടെ ഹേ പശ്യ പശ്യ അർജുന നോക്കുനോക്കൂ വാരാംബാരെ കുറച്ച് ദൂരെയായിട്ട് നോക്കുന്നീ എന്താ ദൂരദൂരം പദം പ്രാദർശയ തേജസ്സാർ സ്ഥലം അർജുനൻ കണ്ടുപോകുന്നു എന്താണത് തത്രാസീനം ഭുജംഗാതിവശയതലേ ദിവ്യഭൂഷാധി ആവീതം പീതചേല പ്രതിനവജലദ്യാമം ക്ഷേമതംഗം മൂർത്തീനമീചിതാരം പരമഹ ത്രികോഷകർത്തം സുധീര മേ വ്യക്തം വരാത്മൻ പ്രിസഹിതൃസോ േമരൂപം ഗോവിന്ദനസംഗീർത്തനം നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം അർജുനൻ കാണുന്നത് പിന്നീട് തേജോമയമായിരിക്കുന്ന സ്ഥലത്ത് ആയിരം പടങ്ങളുള്ള അനന്തന്റെ മുകളിൽ ആദിനാരായണമൂർത്തി ദിവ്യഭൂഷായുധാദി അനേകം ആഭരണങ്ങളും കിരീടവും അണിഞ്ഞുകൊണ്ട് പീതദേലം പ്രതി നമതല ഇപ്രകാരമുള്ള ഭഗവാന്റെ ആദിനാരായണ രൂപത്തെ കണ്ടുകൊണ്ട് രണ്ടുപേരും കൈകൂപ്പിച്ചുള്ളൂ എന്നാണ് ത്വാമേവത്തം പ്രിയസകസഹിതം രണ്ടുപേരും ആ ഭഗവാന്റെ രൂപത്തെ അങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാനാണ് അവിടുന്നാണെങ്കിലോ പറയണോ യുവാമേവോ അധികൃതാന്തർതയാ വിഭിന്നോ സന്ദ്രഷ്ടം സ്വയമഹർഷം ദിജസുധാൻ നയേതം ദ്രാഗേദ നിധി ഗലവിതീർ പുരരമോൻ ജാദ ിമാനുഷാ യുവാം മാമേവ നിങ്ങൾ രണ്ടുപേരും ഞാൻ തന്നെയാണ് പക്ഷേ വിവിധാന്തർക്കിതയാ വിഭിന്നു രണ്ടുപേരുടെ സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട് ഒരാള് തന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ പൂർണ്ണമായി അറിഞ്ഞു ജീവിക്കുന്ന ആളാണ് അയാളാണ് കൃഷ്ണൻ എന്നാൽ തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കാതെ ജീവിക്കുന്നവനാണ് അർജുനൻ ഇത്രയും വ്യത്യാസമുള്ളൂ പക്ഷേ രണ്ടുപേരും ഞാൻ തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ പുത്രന്മാരെ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനായി നിങ്ങളെ രണ്ടുപേരും എന്റെ സ്വരൂപമാണെന്ന് മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ എന്നിൽ ലയിക്കണം എന്നെല്ലാം പറഞ്ഞ് ആ ബ്രാഹ്മണ പുത്രന്മാരെ നൽകി ആ ബ്രാഹ്മണപുത്രന്മാരെയും കൊണ്ടുവന്ന് ബ്രാഹ്മണ ബ്രാഹ്മണനെ ഏൽപ്പിച്ചു എന്നാണ് ഇപ്രകാരം ജഗദഭിരമയൻ വംശം പ്രഭുഷ്ണൻ ോ യജ്ഞേദ അതിലപകൃതി പ്രീണയൻ ഭൂപാരക്ഷേപതംബാൽ പദകമലജുഷാ മോക്ഷണായ അവതീർണ്ണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽസ്തം വിളാസീ ഭൂപാരക്ഷേപതംബാൽ വാസ്തവത്തിൽ ഭൂപാരം തീർക്കാനാണ് വന്നതെന്ന് തോന്നുമെങ്കിലും വന്നിരിക്കുന്നത് പദകമലജുഷാ മോക്ഷണായ തന്റെ പാതകമലത്തെ ആശ്രയിക്കുന്നവരെ ഉയർത്താൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ഹെതുഷും അനുചരാരൂഷ മനുഷ്യരുടെ വേഷം കെട്ടിക്കൊണ്ട് എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ സാക്ഷാൽ പൂർണ്ണം ബ്രഹ്മയേവ അല്പം പോലും ഇടമുറിയാതെ താൻ പൂർണ്ണമായ ബ്രഹ്മം തന്നെയാണെന്ന ബോധത്തോടെ പുറമേക്ക് മാനുഷിക വേഷവും അകത്ത് ഈശ്വരഭാവത്തിലും ജീവിച്ച ഹേ ഗുരുവായൂരപ്പ അവിടുത്തെ നാനാഭിഹാരൈ ജഗതഭിരമയൻ പല വിധത്തിലുള്ള ലീലകളാടിക്കൊണ്ട് ഈ ജഗത്തിനെ രമിപ്പിച്ചുകൊണ്ട് വൃഷ്ടിവംശത്തെ പോഷിപ്പിച്ചുകൊണ്ട് പല വിധത്തിലുള്ള യജ്ഞഭേദങ്ങൾ ചെയ്തുകൊണ്ട് പലരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ പലരെയും രസിപ്പിച്ചുകൊണ്ട് തന്റെ പതിനാറായിരത്തെട്ട് പത്നിമാരെയും രസിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവിടുന്ന് പരിരസിക്കുന്നു അങ്ങനെയുള്ള ആളാണ് അവിടുന്ന് പറയുന്നത് പ്രായണദ്വാരവത്യാ അവ നാരദസ്ഥത നാരദാ തസ്മാല്ലേപേ കനുസഗതനിധി ത്വതാ തത്വബോധം ഭക്തനാമഗ്രയായി സജകലുമതിമാനുദ്ധവത്തേവ പ്രാപ്തോ വിജ്ഞാനം സകലജനഹിതായ നാരദമഹർഷി ദ്വാരകയിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ പിതാവായ വസുദേവര് തത്വബോധം ലേപേ ഖലു അദ്ദേഹത്തിനോട് തത്വബോധം ചോദിച്ചു എന്നാണ് അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഭാരതവാഷി തത്വബോധം കൊടുത്തു അതിനുശേഷം മതിമാൻസോദ്ധവ അങ്ങയുടെ പ്രധാനമന്ത്രിയായ പ്രിയസഖാവായ ഉദ്ധവരും തത്വേവ വിജ്ഞാനസാരം അങ്ങയിൽ നിന്ന് ജീവിതത്തിന്റെ തത്വസാരം ഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയുണ്ടായി ഇന്നും അദ്ദേഹം ജനഹിതായ ബദരിയാമാസ്തത്തെ അവിടെ ആളുകളെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി സൂക്ഷ്മരൂപത്തിൽ ബദരി ആശ്രമത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് സ്വയം കൃഷ്ണാവതാരോ ജയതി തവ വിവോ എത്ര സൗഹാർദ്ദവീതി സ്നേഹദ്വേഷാൻഗ്രഭൃതിവിരതുലൈ ആശ്രമ യോഗവേദ ആർത്തിയ സമസ്ത അമൃതപദമകൂ സർവസോകം വിശ്വാർത്തിശാന്യൈ പവനപുരപദേ ഭക്തിപൂർത്തൈ ചൂയാ മറ്റെല്ലാ അവതാരങ്ങളിലും വെച്ച് കൃഷ്ണാവതാരോ ജേതി വിഭോ ഈ കൃഷ്ണാവതാരം ജയിക്കുന്നു കാരണം എത്ര സൌഹാർദ്ദവീതി സ്നേഹദ്വേഷാനുരാഗം ചിലര് സൌഹാർദ്ദത്തോടെ ചിലർ പ്രീതിയോടെ ചിലര് ദേഷ്യത്തോടെ ചിലര് അനുരാഗത്തോടെ പലതരത്തിൽ ആശ്രമ യോഗവേദി അവർ പല പല ആശ്രമത്തിലിരിക്കുന്ന ആളുകൾ ചിലർ ഗൃഹസ്ഥാശ്രമികളാണ് ചിലർ യുവതികളാണ് ചിലരാണെങ്കിൽ സന്യാസികരാണ് ചിലര് രാജാക്കന്മാരാണ് ചിലർ ബ്രാഹ്മണരാണ് ചിലരാണെങ്കിൽ ജീവിതത്തിൽ അൽപ്പം പോലും എന്താണ് അഭ്യുന്നതി നേടാൻ സാധിക്കാത്ത ആ തരത്തിൽ ജീവിതം നയിച്ചവരാണ് അവരൊക്കെയാണെങ്കിൽ പോലും ഒന്ന് ഭഗവാനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച് സമ്പൂർണ്ണനാക്കിയിട്ടുണ്ട് ആർത്തിം തീർത്തുവ തന്നിലേക്ക് തിരിഞ്ഞവരുടെ ഉള്ളിലെ എല്ലാ ആർത്തികളെയും തീർത്തുകൊണ്ട് അവരെ അമൃതമതത്തിലേക്ക് ഉയർത്താൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്രകാരം ഗുരുവായപ്പ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ാന്തി എല്ലാവർക്കും ശാന്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭക്തി പൂർത്തി ഭക്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാലും പട്ടിതിപ്പാട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ജീവിതത്തിന്റെ സകല ദുഃഖങ്ങളും തീരണമെങ്കിൽ ഭക്തിയിലൂടെ തന്നെ ഉയരണം അപ്പോഴേ അവർക്ക് ശാന്തി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ പറയണം ശാന്തിയുള്ളവർക്ക് എവിടെയും ദുഃഖമില്ല അവർക്ക് ഏത് ദുഃഖത്തെയും നേരിടാൻ സാധിക്കും ഇപ്രകാരം അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് ആ ഭാഗം ഉപസമരിപ്പിച്ചു ഇനി ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് വൃകൻ എന്ന് പറയുന്ന ഒരു അസുരനെ പരമശിവൻ അനുഗ്രഹിച്ച് വരം കൊടുക്കുന്നതും പിന്നീട് ഭഗവാൻ ഒരു വടുരൂപത്തിൽ വന്ന് അവനെ അനുഗ്രഹിക്കുന്നുമായിട്ടുള്ള കഥകൾ സത്യസ്തതിഹ മതകൃത്വ ദശമിനാം പ്രശാന്തി പ്രശാന്തേക്ഷിപ്രംഭവതീച്വാനെ അവിടുത്തെ ഭക്തന്മാർക്ക് വിഭവ സത്യന്ന വലിയ ബാഹ്യമായ ഐശ്വര്യങ്ങൾ ഉണ്ടായി ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് ബാഹ്യമായ ഐശ്വര്യത്തിനെ അല്ല കൊടുക്കുന്നത് പിന്നെ എന്താ കൊടുക്കുന്നത് കാരണം മതകൃത്വാൽ അവര് ആ ഐശ്വര്യത്തിൽ നശിച്ചു പോകുമെന്ന് കരുതിയിട്ട് പിന്നെ എന്താ കൊടുക്കുന്നത് പ്രശാന്തി മുഖത്ത് മനസ്സ് പ്രശാന്തമാക്കും എന്ന് വെച്ചാൽ ഏത് അനുഭവത്തെ നേരിടാനുള്ള ശ്രേഷ്ഠമായൊരു മനസ്സ് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കും അഖിലം കാമം പ്രതിശതി അതിലൂടെ തന്നെ അവർക്ക് എല്ലാ കാമങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം എപ്പോഴും അവർക്ക് സന്തോഷവും സംതൃപ്തിയുമാണ് അങ്ങനെയുള്ള ഭഗവാനെ ക്ഷിപ്രം ഭഗവതിയെ ചുതി ആ ഭഗവാന്റെ ഭക്തന്മാർക്ക് അങ്ങയൊന്നും ചുതിയില്ല തളരില്ല അവരങ്ങനെയൊന്നും നശിക്കില്ല അവരെയാണ് എന്നിട്ടോ സത്യപ്രസാദരുഷിതാൻ വിധിശങ്കരാൻ പ്രകാശു ചില ആളുകൾ കേജിത് പെട്ടെന്ന് പ്രസാദിപ്പിച്ച് പ്രസാദിപ്പിക്കാൻ വേണ്ടി ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശങ്കരാദീൻ ശങ്കരൻ തുടങ്ങിയിട്ടുള്ള ബ്രഹ്മാതി ദേവന്മാരെയൊക്കെ ഉപാസിച്ചുകൊണ്ട് അദീർഘദിഷ്ടിയ നിജഗുണാനുഗണം പജന്ത പെട്ടെന്ന് ദീർഘദിഷ്ടിയില്ലാതെ പലതും ചോദിച്ചും മേടിക്കും എന്നിട്ടോ അതുകൊണ്ട് തന്നെ അവര് അതപ്പതിക്കുകയും കഷ്ടം ഇവിടെ മൃഗാസുരൻ എന്ന് ആളുടെ കഥ അതിനുദാഹരണമാണ് എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ കഥുരിജ സാരതമേ കഥരിതോഷമൃദീശ്വരം ഉപാസിതം പണ്ട് ശകുനി പുത്രനായ അസുരനായിരുന്നു മൃഗാസുരൻ അയാൾ നാരദമാഹർഷിയോട് ചോദിച്ചു അത്രേ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഈശ്വരനാരാണെന്ന് പറഞ്ഞത് ടാർ എന്ന് പറയുമ്പോഴേ ആള് മുന്നിൽ വരണം വേഗം ഇന്നിപ്പോ എങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഷോർട്ട് പീരീഡിനുള്ളിൽ കഴിയണം എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും കല്യാണം കഴിയുമ്പോഴേക്കും രണ്ടു കുട്ടികൾ കല്യാണം കഴിയുമ്പോഴേ ഫ്ലാറ്റ് റെഡിയാവണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് വേണം അതുപോലെ തന്നെയാണ് ാവുന്നതും എങ്ങനെ വേണം കടത്താണ്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വേണ്ടതാലും സീരിയലൊക്കെ കഴിഞ്ഞിട്ട് മതി അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും പോ നമുക്ക് പെട്ടെന്ന് വേണം കാര്യങ്ങൾ എല്ലാം പെട്ടെന്നാണ് അദ്ദേഹം ചെയ്തു ഭഗവാൻ ഗിരീശനോട് മാരാഷി പറഞ്ഞു പെട്ടെന്ന് പ്രസാദിക്ക പരമശിവനാണ് ഇങ്ങോര ശിവനെ ഉപാസിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഗംഭീര തപസ് തുടങ്ങി എങ്ങനെയൊക്കെയാണ് തതസപ്തോരം സകലുത സപ്തമദിനെ ശിരശ്ചിത്യ പുരമുപസ്താദ അതിക്ഷുദ്രം ലൗദം ശിരസി കരദാനിധനം ജഗന്നാഥത്വേതി വിമുഖാനം കശുപതി ഘോരം തപത്ത അവൻ കഠിനമായ തപസ് ചെയ്തിട്ട് സപ്തമേ ദിനെ കുപിത ശിരശിത്വ ഏഴു ദിവസമായിട്ടും ശിവവൻ വരാതെ കണ്ടപ്പം തലം കഴുത്തുമുറിച്ച് ഹോമിക്കാനുസരിച്ചു അവനവൻ്റെ തലമുറിച്ചിട്ട് ഹോമിക്കുക പറഞ്ഞാൽ അത്ര കടുത്ത തപസ് തന്നെയായിരിക്കണം ഉടനെ പുരഹരം തല മുറിക്കുന്നത് കണ്ടപ്പോ ശിവൻ വന്നു ചോദിച്ചു എന്താ വരം വേണ്ടത് ഭദ്ര വളരെ കാര്യമായിട്ടൊക്കെയാ ചോദിച്ചത് ശിഷ്യായി എനീറ്റാലും വരം ചോദിച്ചാലും എന്ന് പറഞ്ഞാൽ പറഞ്ഞു ശിരസികരദാന നിധനം ആരുടെ മൂർധാവിൽ വിരലൊഴിക്കും അപ്പടിച്ചു കൊണന്നു ഇലക്ട്രിക് ഷോക്ക് പോലെ ഇതാണ് വരം ചോദിച്ചത് ഭവതി വിമുഖാനാംശപതി അങ്ങയോട് മുഖം തിരിക്കാത്ത മനസ്സിരിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് നല്ല ബുദ്ധി ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെ ചോദിക്കുക അയാൾക്ക് ഇതാരെങ്കിലും ചോദിക്കുന്നതിന്റെ വരം ഈ പൊട്ടൻ അങ്ങനെ ഒരു വരം ചോദിച്ചു എന്നിട്ടോ മുക്താരം ബന്ധമുക്തോ ഹരേണ രാധ്രവൽസോദരുദ്രം ദൈത്യാൽ ദത്തീ സർവലോകേ തവമതേരോ ക്ഷന്തർവം വരം കിട്ടിയതും അവന്റെ സ്വഭാവം മാറി അവൻ ഉടൻ തന്നെ ഭഗവാന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഒരു മിനിറ്റ് ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് ആന്റെ ശിരസിൽ പരമശിവന്റെ അവർ കൊല്ലാനും പറ്റില്ല കാരണം അങ്ങനെയാ വരം കൊടുത്തിരിക്കുന്നത് പരമശിവനാണെങ്കിലോ വിട്ടില്ല ഓടാൻ തുടങ്ങി ദിജി ദിജിവലദേവലോകേ തുഷ്ണീകെ പിന്നെ ഓട്ടത്തിൽ ഫസ്റ്റ് പരമശിവൻ തന്നെ പുറകിൽ ഇവർ നിൽക്കൂ നിൽക്കൂ നിൽക്കൂ പറഞ്ഞിട്ട് അപ്പോഴാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തത് തന്തൂരാദേവ ഉദ്ദേശ്യ ഭഗവാൻ നോക്കുമ്പോൾ നമ്മുടെ ശിവൻ ഓടിവരണു ഭഗവാനെ അങ്ങോട്ട് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമശിവന്റെ ആ അത് കണ്ടിട്ട് പടുവടുവുഷ ഒരു കുട്ടിയുടെ രൂപമെടുത്ത് യുവ ഒരു ബ്രഹ്മചാരിയുടെ രൂപമെടുത്തുകൊണ്ട് ഭഗവാൻ ദാനവായ അഗൃതസത്തിഷ ഭഗവാൻ അവന്റെ മുന്നിൽ നിന്നു എന്നിട്ട് പറയാണ് ഭദ്രം തേശാകുണീയ ഭ്രമസിമധുന ഷാജ സന്ദേഹശന്മതുവിമുനോ ശങ്കുലീ മംഗമൗലോ ഇത്തം തദ്വാക്യമൂട ശിരസിഗതകര സോഫലച്ഛിന്നംശോം പരോപാസിതര വിജഗതി ോ വിത്തമേവാന നിൽക്കൂ നിൽക്കൂ നിൽക്കൂ എന്ന് ഭഗവാൻ വിളിച്ചു പറഞ്ഞു അവനൊന്ന് നിന്നു ഭദ്രന് തേ നിനക്ക് ഭദ്രണ്ടാവട്ടെ എന്ന് ഇത്തം അതിനാ പിശാചസ്യവാസിയാക്കും പ്രമസി ഈ ശിവന്റെ വാക്ക് കേട്ട് നീയല്ലാതെ പൊട്ടുന്ന അയാൻ്റെ പിന്നാലെ ഓടുൂ അയാൾക്ക് വരം കൊടുക്കാനേ അറിയുള്ളൂ വരത്തിനൊന്നും കഴിവില്ല ഇങ്ങോട്ട് പണ്ട് ദക്ഷന്റെ യാഗത്തിന് പോയി ദക്ഷൻ ശപിച്ചു ഇനി നീ കൊടുക്കുന്ന വരം ആർക്കും ഫലിക്കാതിരിക്കട്ടെ എനിക്കും കിട്ടിയിട്ടുണ്ട് മൂന്ന് ഫരം ഒന്നും അപ്പൊ ഇവനെ ഡൗട്ട് ഏൽക്കില്ലേ ഇതുവരെ ഏറ്റിട്ടില്ല അങ്ങനെ നിനക്ക് ചെയ്ത സന്ദേഹം നിനക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ മോലോ അങ്കലീയം കരോഷ്ണി നിന്റെ തലയിലൊന്നും വെച്ച് നോക്കൂ നിന്റെ വരില്ല നോക്കാലോ നമുക്ക് ഏൽക്കൂലേ തദ്വാക്യമൂഢ എന്തോ അവൻ പൊട്ടനായത് നന്നായി അല്ലെങ്കിൽ ഭഗവാനോട് പറയാണ് ന കുട്ടിയുടെ നനയിലാവട്ടെ എന്ന് പിന്നെ ഭഗവാനെ ഓടണമല്ലോ അവൻ ആ ബുദ്ധി ഉണ്ടായില്ല അവനെന്ത് ചെയ്തു സ്വന്തം മെഡലെടുത്തിന് മൂർധാവിൽ വെച്ചു ിൻഡവാദം തക്കൊരടി പൊട്ടിത്തെളിച്ചു അപ്രകാരം അവൻ കഴിഞ്ഞു പരമശിവൻ പറഞ്ഞു ഭഗവാനേ ഇങ്ങനെയൊരു കാരുണ്യം എന്ന് ഉടനെ വിഷ്ണു പറഞ്ഞു മേലാൽ ഇമ്മാതിരി വര ഇനി കൊടുക്കരുതെന്ന് കൊടുക്കണേ കുറെ ദൂരെ നിന്ന് എന്താ അപകടം ഉണ്ടാക്കിയിരിക്കണത് കൊടുത്തിട്ട് അവന്റെ അടുത്ത് പൊട്ട വത്സാ പോവെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തലയിൽ കൈവച്ചാ കഴിഞ്ഞില്ലേ കൊലയിൽ കുറെ ദൂരെ നിന്ന് കൊടുക്കുക ഇത്ര അടുത്ത് ചെയ്തിട്ട് എല്ലാം കൊടുത്തിട്ട് പിന്നെ അവൻ തലയിൽ കയറിയിരുന്നതിന് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊട്ടന്മാരൊക്കെയാണ് ചില ആളുകൾ ഭക്തന്മാരെ നമ്മളെ കളിയാക്കണേ ആളുകൾക്ക് ഇങ്ങനത്തെ വരങ്ങളൊക്കെ വേണ്ടു ഇവിടുത്തെ ചില ചില കാര്യങ്ങൾ സാധിച്ചാൽ മതി അവർക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വേണമെന്നില്ലാതറിയാൻ ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടാനാണ് അമ്പലത്തിൽ പോയി ഒരു കൈ ഇങ്ങോട്ടും ഒരു കൈകൊണ്ട് അങ്ങോട്ടും ഇടിച്ച് കണ്ണാരത്തിൽ കാശുവിട്ടിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എന്ത് വേണം എന്നെ കേക്കുമാറാക്കണേ അല്ലെങ്കിൽ കേക്ക് തരണേ എന്ന് ഇങ്ങനെയൊക്കെ വിഡിത്തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവരിങ്ങനെ പോകുന്നത് ഭൃഗുംരസ്വതീവാർത്തിയം പു പണ്ട് സരസ്വതീര തീരത്ത് വസിക്കുന്ന സപ്തശികൾ തിമൂർത്തികളിൽ ആർക്കാണ് സത്വഗുണം അധികമുള്ളതെന്ന് അറിയാൻ ഭൃഗുമാഹർഷിയെ തന്നെ ഏർപ്പാടാക്കിയതാണ് അങ്ങനെ ഭൃഗുമാഹർഷി അത് കേട്ടിട്ട് അവിടെ നേരെ മൂന്ന് ദേവന്മാരെയും അടുത്തേക്ക് പോവുകയാണ് ആദ്യം പോയത് ബ്രഹ്മാവിന്റെ അടുത്തേക്കാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നു പിന്നീട് പരമശിവന്റെ അടുത്ത് ചെന്നു വിദോ തതുദ്ധരോഷേ ഹരേബി ജിഹിഷയോ ഗിരിജയ അവിടെ നിന്നും പരമശിവന്റെ അടുത്ത് അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഒരു നിമിഷം ഗിരിജാദേവി പിടിച്ചുവെച്ചതുകൊണ്ട് പരമശിവൻ എന്താണ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് നേരെ വൈകുണ്ടത്തിലേക്ക് സ്വപ്നം വിപ്രേ വിനഗ്നതി പതേന മുതോതിൽ രമാങ്കുവിസുപ്തം ഭഗവാൻ ലക്ഷ്മിദേവിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു വിപ്രേ പതേന വിനഗ്നതി ചേർന്ന് മാറിലൊരു ചവിട്ട് ഭഗവാൻ ഉത്തിത മുനിവര്യ സർവം ക്ഷമസ്സ ക്ഷമിക്കനെ അല്പം വൈകിപ്പോയി അങ്ങ് വരുന്നതിന് മുമ്പ് എണീക്കേണ്ടതായിരുന്നു ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഇഹഭൂഷണം വവേത് അങ്ങയുടെ ഈ പാദം എന്റെ മാറില്ലെന്നും സ്ത്രീവത്സമായി ശോഭിക്കട്ടെ എന്ന് തൽപാദചിഹ്നം സദാമേഹഭൂഷണം എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു നിശ്ചിത്യതേ ചൂരു സാരസ്വദാമുനിവരാദതിരെ വിമോക്ഷം ത്വാമേവച്ചുത പുനച്ചു ദോഷഹീനം സത്വച്ചേകതനമേവയം വരാമ ഇങ്ങനെ കാരുണ്യമുള്ളത് ത്രിമൂർത്തികളിൽ ഭഗവാന് മാത്രമാണ് ആ ക്ഷമിക്കാനുള്ള ഫൊർഗീവനസ് അത് ഭഗവാന് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെയാണ് ഉപാസ്യയോഗ്യതനായിട്ടുള്ള ദേവൻ എന്ന് മനസ്സിലാക്കി അവരാ ഭഗവാനെ മനസ്സിൽ ഉപാസിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഗുരുവായപ്പ അങ്ങേ ഞാനും ഭജിക്കുന്നു എന്ന് പറഞ്ഞ പട്ടതിരിപ്പാട് ശ്രുതിഗീത എന്ന് പറയുന്ന ഭാഗത്തെ സ്മരിക്കുകയാണ് സുതം വിഷ്ണോ സച്ചിൽ പരമരസനിർദ്ദവപുഷം പരാത്മാനം ഭൂമൻ പശുപരിതാഭാഗ്യനിവഹം പരീതാപശ്രാന്തിന്റെ ആദ്യത്തിൽ ഏതൊരു സച്ചിദാനന്ദ സ്വരൂപമായിട്ടിരുന്നോ ഭഗവാൻ ഏതൊരു ഭഗവാനെയാണോ നിഗമനിവഹൈ എല്ലാ ശാസ്ത്രങ്ങളും സച്ചിദാനന്ദ സ്വരൂപനായി പൂർണ്ണസ്വരൂപനായി പരമാത്മാവായി സ്തുതികളെല്ലാം വാഴ്ത്തിയിരിക്കുന്നത് അതേ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് പശുവവനിതാ ഭാഗ്യനിവഹം ഇനിതാ ഗോപു സ്ത്രീകളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനായി വന്നിരിക്കുന്നത് അങ്ങനെയുള്ള പവനപരവാസിൻ ഗുരുവായൂരപ്പ എന്നെ എല്ലാവിധത്തിലുള്ള ദുഃഖത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തനാക്കി അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ പട്ടതിരിപ്പാട് പ്രസംബരിപ്പിച്ചു ഭഗവാന്റെ ആ മഹത്വം ശ്രീകൃഷ്ണാവതാരത്തിന്റെ മഹത്വം ഇവിടെ തൊണ്ണൂറാമത്തെ ദശകത്തിൽ പറയാണ് പട്ടതിരിപ്പാട് ഈ ഒരു ദശകത്തോടുകൂടി തന്റെ രചന ആദ്യം നിർത്തിവെച്ചു എന്നാണ് കഥ മൃഗമൃഗമുനിമോഹിനി അമ്പരീഷാതി വൃത്തിയവപാതം തദ്രൂപം തവൈവ ഭഗവാനെ അവിടുത്തെ മഹത്വം മൃഗമൃഗമുനിമോഹിനി അമ്പരീഷാദി വൃത്തേഷു ഓരോ ഭക്തന്മാരുടെയും കഥയിലൂടെ അവസാനം എത്തിച്ചേരുന്നത് അങ്ങയുടെ മഹിമയിലേക്കാണ് ആ മഹിമയാണെങ്കിലോ സർവസർവാതിചേത്രം സകലദേവന്മാരുടെയും മഹിമേക്കാളും അങ്ങേയറ്റത്ത് മഹിമയാണ് ഇപ്രകാരം നിഷ്കള സ്വരൂപനായ ഒരു ഭാഗത്തിരിക്കുമ്പോഴും പല രൂപങ്ങളിൽ ആദരിച്ചുകൊണ്ട് ഭക്തന്മാരെ പട്ടരീപ്പാട് മനസ്സുകൊണ്ട് തൊഴുതുകൊണ്ടും ഭഗവാന്റെ ആ രൂപത്തെ സ്തുതിക്കുകയാണെന്ന് പറയുന്നത് ഈ ശൈവന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈശ്വരൻ സദാശിവൻ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ ശിവപഞ്ചകം തുടങ്ങിയതിൽ വാസ്തവത്തിൽ ഇതെല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ വാസ്തവത്തിൽ എല്ലാവരുടെയും പരമാത്മാവ് തന്നെയാണ് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭഗവാന്റെ ആ സാന്നിധ്യം തന്നെയാണ് ബ്രഹ്മലോകവും വിഷ്ണുലോകവും രുദ്രലോകവും എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് ഭക്ഷതിരിപ്പാട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സത്രാഭി സാത്വികതനും തവ വിഷ്ണുമാഹു ദാദാച്ചു സത്വവിരളോ രസൈവ സത്വക്കടുത്തമോ വികാര ചേഷ്ടാധികം ചതവ ശങ്കരൂർത്തോ വാസ്തവത്തിൽ തവ സാത്വതനും വിഷ്ണുമാഹു അവിടുന്ന് എല്ലാ രൂപങ്ങളിലും ഈശ്വര രൂപത്തിൽ ചൈതന്യ രൂപത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഏതൊരു മനസ്സാണോ ശാന്തിയിലിരിക്കുന്നത് ആ മനസ്സിനെയാണത്രേ വൈകുണ്ട മനസ്സ് എന്ന് പറയുന്നത് വിഷ്ണു മനസ്സെന്ന് പറയുന്നത് ഏതൊരു മനസ്സാണോ കാമത്താൽ കാമത്താലാകെ ഡിസ്റ്റർബായിരിക്കുന്ന ആഗ്രഹങ്ങളാൽ പ്രതീക്ഷകളിൽ കുരുങ്ങിയിരിക്കുന്ന മനസ്സ് ആ മനസ്സിനെയാണത്രേ ബ്രഹ്മ മനസ്സ് എന്ന് പറയും ബ്രഹ്മാവിന്റെ മനസ്സ് എന്ന് പറയുന്നത് ഏതൊരു മനസ്സാണത്രേ ദുഃഖത്തിലും ക്രോധത്തിലും ഇരിക്കുന്നത് ആ മനസ്സിനെയാണത്രേ രുദ്ര മനസ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മനസ്സ് തന്നെയാണ് രുദ്രനായും നമ്മുടെ മനസ്സ് തന്നെയാണ് ബ്രഹ്മാവായും നമ്മുടെ മനസ്സ് തന്നെയാണ് വിഷ്ണുവായും ഇരിക്കുന്നതെന്ന് ഇവിടെ പട്ടതിരിപ്പാട് ഓർമ്മിപ്പിക്കുന്നു ഇതൊന്നും വേറെ വേറെയല്ല എല്ലാം മനസ്സിന്റെ അവസ്ഥയാണ് തം ചത്രിമൂർത്തിയതിഗതം പരപൂരുഷം ത്വാം സർവാത്മനാഭികംസ്യന്ദസനവിതോ തോ ത്ൂപമിത്യടംബുന്ന പ്രമാണം പിന്നീട് ഈ ശൈവന്മാരെ പറയുന്ന ത്രിമൂർത്തികൾ കഴിഞ്ഞിട്ട് തുരീയം അല്ലെങ്കിൽ ശൈവന്മാരെ പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എന്തു തന്നെയാണ് ആത്മാവ് മനസ്സ് എപ്പോ ആത്മാവിൽ ലയിക്കുന്നുവോ ആ ഭാവത്തെയാണ് അവരത് പറയുന്നത് എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ആ ഭഗവാൻ തത്വത്തിൽ ലയിക്കുന്നുണ്ടോ ആ സമയമാണ് ജീവചൈതന്യവും ഈശ്വര ഒന്നായി ചേരുന്നത് അത് യാതൊരു സംശയവും ശിവനും വിഷ്ണുവും എല്ലാം എവിടെ തന്നെയാണ് ഈ കൺഫ്യൂഷൻ നമുക്കുണ്ടാവരുത് എന്ന് പറയുകയാണ് അതുകൊണ്ടായിരിക്കും വിഷ്ണു സഹസ്രനാമത്തിൽ ശിവ എന്നുള്ള നാമം വരുന്നത് വിഷ്ണു ഹരി വിഷ്ണു എന്നുള്ള നാമങ്ങൾ വരുന്നത് ഒരു വ്യത്യാസവുമില്ല ഈ ബുദ്ധിയില്ലാത്തവരാണ് ശിവനെയും വിഷ്ണുവിനെയൊക്കെ വേറെ വേറെ കാണുന്നത് പറയാണ് ശ്രീശങ്കരോഭവൻ സകലേശതാവൽവാനേവ ഹി സഹസ്രാമസഹസ്ര അങ്ങനെ ശങ്കരാചാര്യസ്വാമികളും അദ്വൈത സിദ്ധാന്തത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ള ആളാണെങ്കിലും പിന്നെ ഉപാസ്യദേവനായി തെരഞ്ഞെടുക്കുന്നത് വിഷ്ണുവിനെയാണ് കാരണം സത്വഗുണമുള്ള മനസ്സാണ് വിഷ്ണുവെങ്കിൽ അങ്ങനെയുള്ള മനസ്സുകൊണ്ട് എളുപ്പം നമുക്ക് ആരെ പ്രാപിക്കാം ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും അതുകൊണ്ട് പലയിടത്തും വിഷ്ണുവിനെ പുകഴ്ത്തുന്ന സ്തുതികൾ എഴുതിയത് അതിന്റെ ശങ്കരാചാര്യ സ്വാമികൾ ശിവനെക്കുറിച്ചൊന്നും എഴുതിയില്ലാന്നല്ലേ അദ്ദേഹം ശിവാനന്ദലഹരി എഴുതിയുണ്ട് അല്ലേ പലതും ശിവാപരാധോത്ര എഴുതിയുണ്ട് അപരാധ സ്തോത്രം എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമാപണ സ്ത്രോത്രം എഴുതിയുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വേറെ ഒന്നും എഴുതിയിട്ടുണ്ടല്ലോ ദേവിയെ സ്വദിച്ച സൌന്ദര്യയിൽ ശിവനെക്കുറിച്ച് ദക്ഷിണാമൂർത്തി സ്ത്രോത്രം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ അനവധി കൃതികൾ ശങ്കരാചാര്യ സോമൻ ശിവനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എങ്കിലും ഉപാസിക്കാൻ സത്വഗുണമുള്ള ദേവനാണ് ഏറ്റവും നല്ലതെന്ന് പറയാണ് കാരണം സത്വഗുണമുള്ള ദേവന് അതിനേക്കാളും സൂക്ഷ്മമായ തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ സാധിക്കുന്നതുകൊണ്ട് വിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇത് മനസ്സിലാക്കിവയ്ക്കൂ എന്ന് പറയാണ് എന്നിട്ടോ മൂർത്തി പ്രയാദികളായ നിഷ്കളമസോ പ്രണവേത്യ മേവത്തം ശങ്കരാചാര്യസ്വാമികൾ ഭഗവാനെ പലപ്പോഴും ഉപാസിക്കുന്ന സമയത്ത് ആ നിഷ്കള നിർഗുണ ബ്രഹ്മമായിട്ട് തന്നെയാണ് ഗുരുവായൂരപ്പനെ ഭഗവാന് കൃഷ്ണനെ കാണുന്നത് അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ അഹം അഹം എന്നൊക്കെ പറയുമ്പോൾ അഹമാത്മാ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ആത്മാവെന്നല്ല പറയുന്നത് ഭഗവാൻ ചൈതന്യം തന്നെയാണെന്നുള്ള അർത്ഥത്തിലാണ് ഗുരുവായൂരപ്പനെ വ്യാഖ്യാനിക്കുന്നത് അല്ലാതെ വ്യക്തിയെ ആത്മാവായിട്ട് ചിത്രീകരിച്ചിട്ടില്ല വ്യക്തിയിലിരിക്കുന്ന ചൈതന്യത്തെയാണ് ആത്മാവായിട്ട് ചിത്രീകരിച്ചത് അതുകൊണ്ട് നമ്മൾ ഈശ്വരന്റെ വ്യക്തിരൂപത്തെയും വിശേഷത്തെയും തത്വ വിശേഷത്തെയും മാറി മനസ്സിലാക്കിക്കോണം വ്യക്തിവിശേഷം എന്ന് പറയുന്നത് അനവധി ഉണ്ടെങ്കിൽ തത്വവിശേഷം ഒന്ന് തന്നെയാണ് അതാണ് വേദത്തിൽ പറയുന്നത് സബ്രഹ്മ സശിവ സഹരി സോക്ഷര പരമസ്വരാതകം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിങ്കളം ഊർദ്ധരൂപം ഊർദ്ധരൂപം വിശാലാക്ഷം അതുകൊണ്ട് ഇപ്രകാരം ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിൽ തിരിക്കുമ്പോൾ ആദ്യം രൂപത്തെ ഗ്രഹിക്കുമെങ്കിൽ പിന്നെ നമ്മൾ ആ രൂപം വിട്ട് തത്വത്തെ നമ്മൾ സ്വീകരിച്ചുകൊള്ളണം അപ്പോഴേ നമുക്ക് യഥാർത്ഥ ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വര രൂപം തന്നെ എന്തായിട്ട് സങ്കല്പിക്കും ഈശ്വരനായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ കുരുങ്ങിപ്പോകുന്ന പറയാറ് അപ്പോഴാണ് നിങ്ങൾക്ക് കൃഷ്ണൻ വേറെ ശിവൻ വേറെ അയ്യപ്പൻ വേറെ തോന്നുന്നത് ആ രൂപത്തെ പിടിക്കുന്നവരാണ് എസ് കടന്നാലോ എല്ലാം ഒന്ന് നമ്മളൊക്കെ രൂപം കൊണ്ട് ശ്വസിക്കുന്ന വായുവോ ഒന്നു തന്നെയാണ് എവിടെയാണ് വ്യത്യസ്തത തീർച്ചയായിട്ടും ആ വായുവിനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ചൈതന്യവും ഒന്നു സമസ്താരേ ചുരാണ സംഗ്രഹേ വിസംചയം ത്രിമൂർത്തിയും സത്യപദ ത്രിവാഗതേം സകല പുരാണങ്ങളിലും ശ്രേഷ്ഠ പുരാണമായി കണക്കാക്കിയിരിക്കുന്ന ശ്രീമൽ ഭാഗവതത്തെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ശിവനേക്കാളും ഒരു പ്രാധാന്യമൊക്കെ കൃഷ്ണന് വിഷ്ണുവിന് സങ്കൽപ്പിച്ചിരിക്കുന്നത് കാരണം ശിവനെന്നാൽ തമോഗുണമുള്ള മനസ്സിനെയാണ് രുദ്രൻ എന്ന് പറയുന്നാൽ അർത്ഥം തന്നെ രോദനമുള്ള മനസ്സിനെയാണ് രുദ്രൻ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിലോ വിഷ്ണു എന്ന് പറഞ്ഞാൽ ശാന്തതയുള്ള മനസ്സിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത് നമ്മൾ കൈവരിക്കേണ്ടത് ഏത് മനസ്സാണ് ശാന്ത അതുകൊണ്ടായിരിക്കാം വിഷ്ണുവിന് ഇത്രധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പിന്നീട് പറയുന്നു യബ്രാമകൽ തസൈവ നാമ ഹരിശർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരൂപി പുരാണസാരേ അങ്ങനെ ബ്രഹ്മാവരും ഭാഗവതം ആദ്യമായി പ്രകടമാക്കിക്കൊടുത്തത് ആദിനാരായണ മൂർത്തി തന്നെയാണെന്ന് രണ്ടാമത്തെ സ്കന്ധത്തിൽ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ പേര് തന്നെയാണ് ഹരിശിവൻ തുടങ്ങിയിട്ടുള്ള പേര് അതുപോലെ ശിവഭക്തനാണെങ്കിലും മാധവാചാര്യര് അതായത് ശ്രീധരാചാര്യരെ ഉറക്കുകയാണ് ഇവിടെ പുരാണ സാരത്തിൽ അദ്ദേഹമാണ് ഭാഗവതത്തിന് വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് അദ്ദേഹം പോലും ഭാഗവതത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ കാരണം ഒരു ഉപാസ്യദേവതയെ നമ്മൾ ഉപാസിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് മനസ്സിന്റെ ശാന്തിയാണ് അത് വിഷ്ണു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഏതുപാസ്യദേവതയിലൂടെ പോയാലും എവിടെ എത്തിച്ചേരാം വിഷ്ണുവിൽ എത്തിച്ചേരാം ഇനി ആ വിഷ്ണുവിൽ നിന്നും എവിടേക്ക് എത്തിച്ചേരണം ലയിക്കണം ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് ലയിക്കണം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയാൽ എവിടെയാണ് കൺഫ്യൂഷൻ ഉള്ളത് അതുകൊണ്ട് ഇതൊക്കെ ആ ക്ലാരിറ്റി തരികയാണ് നമുക്ക് ഓരോരുത്തരുടെ ജന്മവാസനയ്ക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ ഉപാസിദേവതയെ ഉപാസിക്കുന്നത് സ്ഫകൃത്യാ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം ശങ്കരാജ വേദവ്യാസ മാർഷി ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അനവധി പുരാണങ്ങൾ രചിച്ചിരിക്കുന്നത് അപ്പൊ സ്കന്തപുരാണവും ശിവപുരാണവും ബ്രഹ്മപുരാണവും നാരദീയ പുരാണവും അങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ ഭാരതത്തിൽ അങ്ങനെയാണ് വന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒന്നിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ എല്ലാറ്റിലൂടെയും എത്തുന്ന തത്വം ഒന്നാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടു പോവും ഭൂതാർത്ഥ കീർത്തനരവാദ വിരുദ്ധവാദോർത്ഥവാദകതയൊരോ ചില പുരാണങ്ങളിൽ വിഷ്ണുവിനെ താഴ്ത്തിപ്പറയും നിങ്ങൾ ദേവീഭാഗവതത്വമാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വിഷ്ണുവിനെ താഴ്ത്തിപ്പറയും ചിലടത്ത് ചിലരെ ഉയർത്തിപ്പറയും ദേവീ ഭാഗവതത്തിൽ ദേവിയുടെ മഹത്വം പറയും ശിവപുരാണത്തിൽ ശിവന്റെ മഹത്വം വിഷ്ണു വിഷ്ണുവിന്റെ മഹത്വം പറയും ഇതൊക്കെ എന്തിനു വേണ്ടി വെച്ചാൽ അത്തരത്തിലുള്ള ഭക്തന്മാർക്ക് അതിലൊരു ശ്രദ്ധയുണ്ടാക്കി കൊടുക്കാനാണ് അല്ലാതെ ആരെയും താഴ്ത്താനും ആരെയും ഉയർത്താനുമല്ല അവസാനം നമ്മൾ കൈവരിക്കേണ്ടത് മനസ്സിന്റെ ഒരു ശാന്തതയാണ് ആ ശാന്തതയുള്ള മനസ്സ് തന്നെയാണ് വിഷ്ണുതത്വം എന്ന് പറയുന്നത് ആ വിഷ്ണുതത്വമുള്ള മനസ്സിനെ അവസാനം തന്റെ പരമാത്മാവായിരിക്കുന്ന ആ സത്തയിലേക്ക് പൂർണ്ണമായി ലയിക്കാൻ സാധിക്കുകയുള്ളൂ സംഭവിക്കേണ്ട മാറ്റം ഇവിടെയാണ് അല്ലാതെ ഈശ്വരന്മാരിലല്ലാന്ന് പറയുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉപാസിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അപ്പൊ ഏത് പുരാണോ ചെല്ലട്ടൊരു സംശയമാണ് വിഷ്ണു സാസ്ത്രം ചൊല്ലണോ ലളിതാ സാസ്ത്രം ചൊല്ലണോ എന്ന് ദൈത സംശയം ഇരെയാണ് ഏതെങ്കിലും എന്ത് ചൊല്ലിയാലും നമ്മുടെ മനസ്സ് ആ ശാന്തതയിൽ നമ്മൾ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ അല്ലാതെ ഒരു ദേവിയും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാൻ പോകുന്നില്ല ഉണ്ടോ ഒരു വിഷ്ണുവും അത് കൈവയ്ക്കാൻ പോകുന്നില്ല വിഷ്ണുവും ദേവിയും ഒക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ് അതെങ്ങനെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോ സംഭരിക്കുന്നു തന്മന്ത്രശാസ്ത്രവചനാ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത ഞാൻ വിവേകമില്ലാതെ വല്ലതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതൊക്കെ എന്റെ എന്താണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞതിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം പക്ഷെ ഒന്ന് സത്യമാണ് വ്യാസോക്തി സാരമയ ഭാഗവതം വ്യാസൻ മനസ്സിലാക്കിയിരിക്കുന്ന വേദസാരം മുഴുവൻ എവിടെ കാണാം ഭാഗവതത്തിൽ കാണാം അപ്രകാരം ഭാഗവതത്തിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട ഏ ഭഗവാനെ എന്റെ എല്ലാ ക്ലേശങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് പരമമായ ഭക്തി തന്നനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടതിരിപ്പാട് ഇപ്പം സമരിപ്പിച്ചു ക്ലേശങ്ങളെ മാറ്റണം ഭക്തിയെ തരണം എന്ന് പറഞ്ഞ് പട്ടതിരിപ്പാട് നിർത്തുകയാണ് അവിടെ നാരായണീയം ഇനിയുള്ള ഭാഗങ്ങളാണ് ഭാഗവതത്തിലെ ഏകാദശ എന്ന് പറയുന്ന തത്വസാരം